ും ഇരുപത് കിലോമീറ്ററാണ് പോയി കഴിഞ്ഞാൽ ഏതമ്മയിലും ഉരുട്ടി താഴെ ഇടും അത്ര താഴാൻ പറ്റണ്ട അമ്മയ്ക്ക് കാര്യസ്നേഹം കണ്ടെന്നുള്ള കാര്യം തന്നെ പക്ഷെ അധികം ഭാരമായി കഴിഞ്ഞാൽ എടുത്ത് താഴെ ഇട്ടേ അമ്മ വേഗം ഉരുട്ടി താഴെ ആ സമയത്ത് തൃണാവർത്തൻ ഭഗവാനെയും കൊണ്ട് അമ്മ നോക്കുമ്പോ കുട്ടിയെ കാണുന്നില്ല ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ചോദിച്ചു കണ്ടു എന്റെ ഉണ്ണി ആരെങ്കിലും ആരെങ്കിലും എടുത്തുകൊണ്ടുപോയി നോക്കൂ രോഹിണി ദേവി എവിടെ പോയി ഉണ്ണി എന്നൊക്കെ പറഞ്ഞപ്പോ ബലരാമസ്വാമിയും കൊണ്ട് രോഹിണി ദേവി എത്തുമ്പോഴേക്കും ഭഗവാനെ കാണുന്നില്ല ആ സമയത്ത് അന്തരീക്ഷം മുഴുവൻ ഇരുട്ട് ബാധിച്ചുകൊണ്ട് ആർക്കും പരസ്പരം കാണാൻ പറ്റുന്നില്ല യശോദാദേവി തലകറങ്ങി വീണു ഗോപികമാരെ കുച്ചത്തിൽ കരയാൻ തുടങ്ങി പരദേവതകളോടും രഗതീശ്വരനോടും തുടങ്ങി ഉണ്ണിക്കൊന്നും പറ്റരുതേന്ന് ആ ഒരു നിമിഷം ഭഗവാൻ ഭഗവാനെ കൊണ്ട് പോവാണ് തൃണാമത്തെ ഭഗവാന് തോന്നി മതി മതി അവൻ അവന്റെ കഴുപ്പിന് കയറിയും കൊണ്ട് പിടിച്ചു സർവചരാചരങ്ങളുടെയും നാഥനായിരിക്കുന്ന ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഭഗവാൻ ചെറിയൊരു ഉണ്ണിയുടെ രൂപത്തിൽ ആ തൃണാവർത്തന്റെ കഴുത്തിന് കയറി പിടിച്ചപ്പോ തൃണാവർത്തൻ ആദ്യം തോന്നി ഉണ്ണി ചെറുതാണ് താനാണ് വലുത് എന്നുള്ളത് ഭഗവാൻ പിടിച്ചപ്പോഴാ തോന്നിയത് ഇത്ര ശക്തിയുണ്ട് എന്നുള്ളത് ഇത്രയും ശക്തിയുണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഭഗവാൻ ശ്വാസം മുട്ടിച്ച് അവനെ കൊള്ളുന്നു അവനത് താഴേക്ക് വീഴുന്നു ശബ്ദം വീട്ടു ഗോപികമാരൊക്കെ വന്നു നോക്കുമ്പോൾ കാണുന്ന ഭയാനകമായ വിപുൽസമായ രൂപം ആ സമയത്ത് ഇവർ നോക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റൊരു ശബ്ദം കേൾക്കുന്നു ഭഗവാൻ കൃഷ്ണൻ ഉണ്ണി ഈ അസുരന്റെ ശരീരത്തിലേക്ക് വീടിരിക്കുകയാണ് എല്ലാവരും കൂടി ഓടി വന്നെടുത്തു എന്നിട്ട് കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് വേഗം കൊണ്ടുപോയി തൊഴുത്തിലേക്ക് ഇത്തിരി ഗോമൂത്രമൊക്കെ കൊടുത്തു പശുവിന്റെ വാലുകൊണ്ട് നാല് അടിയൊക്കെ വെച്ചു കൊടുത്തു ഉഴിഞ്ഞിട്ടൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് യശോദാദേവിയുടെ മുഖത്ത് വെള്ളം തെളിച്ചിട്ട് പറഞ്ഞു ഹാവോ എൻ്റെ യശോദാദേവി ഞങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് ഉണ്ണിക്ക് ഒരു അപകടവും ഉണ്ടായില്ലയാണ് ഭഗവാൻ ഇങ്ങനെ നോക്കി ഇവർ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഭാവങ്ങൾ വല്ലതും അറിയുന്നുണ്ട് പരമാർത്ഥം ഏതായാലും ഈ ലീലകളുടെയൊക്കെ പിന്നിലുള്ള രഹസ്യവിരം മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു ബലരാമസ്വാമി അപ്പുറത്തുനിന്ന് പുഞ്ചിരിക്കുന്നത് പോട്ടചേഷ്ട ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അങ്ങനെ രണ്ടുപേരും ആപ്പഴേക്ക് യശോദാദേവി എടുത്തു പാലൊക്കെ കൊടുക്കണു എന്നാണ് കഥ ഇങ്ങനെ തൃണാവർത്തനെയും വധിച്ചു നോക്കണേ ഭഗവാന്റെ ഒരു അവസ്ഥ പ്രസവിച്ചുകൊണ്ട് പുറത്തു വന്നില്ല ഓരോരുത്തർ ക്യൂ നിൽക്കുക തട്ടാൻ വേണ്ടിയിട്ട് എന്നായിരുന്നു എങ്കിൽ പ്രസവിച്ചോടുന്ന ഡോക്ടർമാർ ക്യൂ നിക്കാണ് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ സിരിഞ്ചുകൊണ്ട ഏതൊക്കെ വേണ്ട കുത്തേണ്ടത് എന്നുള്ളത് ഏതായാലും അങ്ങനെ ഭഗവാൻ തൃണാവർത്തനെ വധിക്കുന്നു അപ്പൊ ആരാ ഈ തൃണാവർത്തൻ തൃണം എന്ന് പറഞ്ഞാൽ പൊടികൾ പൊടി എന്നാണ് അർത്ഥം പുല്ലു എന്നർത്ഥം തുച്ഛമായ വസ്തുക്കളെയാണ് തൃണം എന്ന് സംസ്കൃതത്തിൽ പറയാം നമ്മുടെ ഈ ശരീരം അഞ്ച് തരം പൊടികളാൽ നിർമ്മിതമാണ് എന്താ സ്വാമി ആയുർവേദ ഷോപ്പിലുള്ള പോലെയാണോ ആ പ്രകൃതി അഞ്ചു തരം പൊടികൾ എടുത്തിട്ടുണ്ട് നമ്മളെ ഉണ്ടാക്കാൻ ഏതൊക്കെ പൊടിയാണ് തലത്തിന് മുന്ന പൊടി ഇങ്ങനെയൊക്കെയുള്ള പൊടിയാണോ നമ്മുടെ ജീവിതം നോക്കിയാൽ ആകെ പൊടിയാണ് അത് വേറെ കാര്യം രാവിലെ എണീക്കുന്നതേ പൊടി തട്ടിയിട്ടാണ് എണീക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ പലരും പല പൊടികൾ ഉപയോഗിച്ചിട്ട് പല്ല് ക്ലീൻ ചെയ്യണു അത് കഴിഞ്ഞാൽ പിന്നെ തലയിൽ ചിലർ പൊടിയിരുന്നു പിന്നെ ശരീരം ആകെ പൊടിയിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ കണ്ണാടിയുടെ മുന്നിൽ പോയാൽ ഈശ്വര എന്തൊക്കെ പൊടിയോ ഇടുക ലോകത്തിന്റെ കണ്ണിൽ പൊടിയിട്ടുണ്ട് അതിന് പലതും പലതും തേക്കണമല്ലോ അങ്ങനെ പല പൊടികളൊക്കെ ഇടണം അങ്ങനെ അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ കയറിക്കഴിഞ്ഞാൽ അപ്പോഴും പൊടികളില്ലെങ്കിൽ അതൊന്നും അകത്തേക്ക് കയറില്ല ചട്നി പല പൊടികളും വേണം അത് പിന്നെ ചിലർക്കൊക്കെ മൂക്കിൽ ഇത്തിരി പൊടി കയറിയാലേ ഒരു ഉണർവ് വരുള്ളൂ ചിലർക്ക് ചായയിലായിരിക്കാം അല്ലെങ്കിൽ കാപ്പിയിലായിരിക്കാം ഇങ്ങനെ പൊടികൾ വേണം എന്നാലേ ജീവിതത്തിലൊരു സുഖമുള്ളൂ അതും കഴിഞ്ഞ് വീട്ടിൻ്റെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അപ്പോഴേ നിശ്ചയിച്ചിട്ടുണ്ട് നാരുടെയൊക്കെ കണ്ണിലാ പൊടിയിരേണ്ടത് എന്നുള്ളത് അതും കഴിഞ്ഞ് കുറേ കാലം ഓഫീസ് ജീവിതമൊക്കെ അങ്ങനെ ജീവിതം കുറേയൊക്കെ അടി പൊളിയോ അടി പൊടിയോ അങ്ങനെയൊക്കെ ആക്കിയിട്ടങ്ങനെ നടന്ന് നടന്ന് അവസാനം എല്ലൊക്കെ പൊടിയാൻ തുടങ്ങും പിന്നെ എവിടെ അയ്യോ വല്ലാത്ത തുടർന്ന് പൊടിയാൻ തുടങ്ങും പിന്നെ കുറെ കഴിഞ്ഞാൽ ഒരു ദിവസം ആള് സ്ഥലം വിട്ടു കഴിഞ്ഞാൽ എല്ലാവരും കൂടി കൊണ്ടുവയ്ക്കും എന്നിട്ട് അങ്ങോട്ട് തീ കൊളുത്തിയാൽ പിന്നെ ഒരു കലത്തിലേക്കുള്ള പൊടി ഉണ്ടാവുള്ളൂ അതേതെങ്കിലും വെള്ളത്തിൽ കൊണ്ട് ഒഴുക്കിയ ഭാഗ്യം ഇല്ലെങ്കിൽ ഒടിയും കൊണ്ട് ഇട്ടാ ഭാഗ്യം അങ്ങനെ പൊടിയിൽ തുടങ്ങി പൊടിയിൽ അവസാനിക്കുന്നവരാണ് നമ്മൾ ഏതൊക്കെ പൊടിയാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ആകാശം വായു അഗ്നി ജലം പൃഥിവി ഈ പഞ്ചഭൂതാത്മകമായ പ്രകൃതി തത്വങ്ങളാൽ പ്രകൃതിയുടെ പൊടി എന്ന് പറഞ്ഞ അണൂനർത്തം സൂക്ഷ്മമായ അണുക്കളാൽ നിർമ്മിതമാണ് ഈ ശരീരം ഈ ശരീരത്തെ ചൈതന്യവത്താക്കുന്നതോ ശവമായിരിക്കുന്ന ജഡമായിരിക്കുന്ന ഈ ശരീരം ഇന്നിപ്പോ ചൈതന്യവത്താക്കിയിരിക്കുന്നത് ഭഗവാൻ കൃഷ്ണനാണ് ഭഗവാന്റെ സാന്നിധ്യമാണ് കൃഷ്ണൻ എന്നാൽ ചൈതന്യമെന്നർത്ഥം ആ ഭഗവത് സാന്നിധ്യവും അതിലിരിക്കുന്ന മനസ്സൊക്കെയാണ് ഈ ശരീരത്തെ ജീവനുള്ളതാക്കി തീർക്കുന്നതെങ്കിൽ ഇനി നമ്മളോട് പറയുകയാണ് ഇപ്പോ നമ്മൾ ഭഗവാന്റെ സാന്നിധ്യത്തെ ചെറുതാക്കിയിട്ടും ശരീരത്തിൻ്റെ പ്രാധാന്യം വലുതായും കാണുന്നു നമ്മുടെ ജീവിതത്തിൽ ഏതിനാണോ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതായിരിക്കും നമ്മെ കൂടുതൽ അലട്ടുന്നത് ശരീരത്തിനാണ് കൂടുതൽ പ്രാധാന്യമെങ്കിൽ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ അലട്ടും അതല്ല നമ്മൾ ഭഗവാന്റെ സാന്നിധ്യത്തിനാണ് കൂടുതൽ പ്രാധാന്യമെങ്കിൽ നമുക്ക് ശരീരത്തിൻ്റെ പ്രശ്നങ്ങളെ ഒരുവിധമൊക്കെ പരിഹരിക്കാൻ സ്വയം സാധിക്കും മനസ്സിലായില്ലേ നിങ്ങൾക്ക് അതായത് ശരീരം ശരീരമാണെന്ന് ബോധിപ്പിക്കുന്നത് മനസ്സാണ് മനസ്സിലാവുണ്ടല്ലോ മനസ്സുണർന്നില്ലായിരുന്നു എങ്കിൽ ഞാനൊരു പെണ്ണാണെന്നോ ആണാണെന്നോ ഭാര്യയാണെന്നോ ഭർത്താവാണെന്നോ അച്ഛനാണെന്നോ അമ്മയാണെന്നോ വിദ്യാർത്ഥിയാണെന്നോ വിദ്യാർത്ഥിയാണെന്നോ വിദ്യാർത്ഥിനിയാണെന്നോ നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ ചിന്തിക്കാൻ പോലും സാധ്യമല്ല മനസ്സുണരണം മനസ്സ് പ്രവർത്തി ഉണർന്ന് പ്രവർത്തിച്ചാലേ ശരീരത്തിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ മനസ്സ് കെട്ടടങ്ങിയാൽ ആണുമല്ല പെണ്ണുമല്ല അച്ഛനുമല്ല അമ്മയുമല്ല ആരുമല്ല ശരിയല്ലേ ഇത് വ്യക്തമായിട്ട് ഉറപ്പിക്കണം അപ്പൊ ശരീരത്തെ ശരീരം ഏത് ശരീരമാണെന്ന് ബോധിപ്പിക്കുന്നത് ആരാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാണ് മനസ്സ് സൂക്ഷ്മമാണ് ശരീരം സ്ഥൂലമാണ് ഇനി വീണ്ടും മനസ്സിന് ഉണരണമെങ്കിൽ മനസ്സിന് ചിന്തിക്കണമെങ്കിൽ പ്രവർത്തിക്കണമെങ്കിൽ ശരീരത്തിലൊരു ചൈതന്യം കൂടിയേ കഴിയുള്ളൂ ചൈതന്യമില്ലായിരുന്നെങ്കിൽ മനസ്സിനൊന്നും ചെയ്യാൻ സാധ്യല്ല മനസ്സിനേക്കാൾ സൂക്ഷ്മമാണ് ഭഗവത് സാന്നിധ്യം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു നമ്മളിപ്പോൾ നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്നത് ശരീരം വലുത് അതിൻ്റെ ചെറിയൊരു മനസ്സ് അതിൻ്റെ ചെറിയൊരു ഈശ്വരന്റെ ഒരു ചെറിയ സ്പാർക്ക് ഇതാണ് ഇപ്പൊ ഞാനും നിങ്ങളൊന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് വാസ്തവത്തിൽ ശരീരമല്ല വലുതായിട്ടിരിക്കുന്നത് ഈ ശരീരത്തെ ഉണർത്തുന്നത് ശരീരത്തെ കൊണ്ടു ശരീരത്തെ ഇരുത്തുന്നത് എല്ലാം മനസ്സാണെങ്കിൽ ശരീരത്തിന് നടക്കും നടക്കാൻ പോലും സാധിക്കണമെങ്കിൽ ആര് പ്രവർത്തിക്കണം ഉറങ്ങിക്കൊണ്ട് ഒരാൾക്കും നടക്കാൻ സാധിച്ചിട്ടില്ല ചിലരും ഉറക്കത്തിൽ നടക്കാറുണ്ട് പക്ഷെ എന്നാൽ അവരുടെ മനസ്സ് ഒരു കുറച്ചെങ്കിലും അബോധാവസ്ഥയിലായിരിക്കും തീരെ ഉറങ്ങിക്കൊണ്ടൊരാൾ നടക്കില്ല തീർച്ചയായിട്ടും സാധ്യല്ലത് ഇമ്പോസിബിളാണത് അങ്ങനെയായിരുന്നെങ്കിൽ അനസ്ഥീച്ചു കൊടുത്ത ഒരാൾ ഇടയ്ക്ക് നടക്കണം വരെ നടന്നിട്ടില്ല അവിടെ കിടന്നേ പറ്റുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തേക്കാൾ സൂക്ഷ്മമാണ് മനസ്സ് ആ മനസ്സാണ് ശരീരത്തെ കൊണ്ടു നടക്കുന്നതെങ്കിൽ വാസ്തവത്തിൽ ശരീരത്തേക്കാൾ ശക്തമായിരിക്കണം ഏത് മനസ്സ് ആ മനസ്സിനെ ഉണർത്താനും മനസ്സിനെ പ്രവർത്തിപ്പിക്കാനും സാധിക്കുന്ന ഈശ്വര ചൈതന്യം അത് മനസ്സിനേക്കാൾ ശക്തമായിരിക്കണം അപ്പൊ ശരീരം മനസ്സിലിരിക്കുന്നു മനസ്സ് ഭഗവത് ചൈതന്യത്തിലിരിക്കുന്നു എങ്കിൽ ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടിയിരുന്നത് മനസ്സിനും ആ മനസ്സിനെ മനസ്സാക്കി നിലനിർത്തുന്ന ഈശ്വര സാന്നിധ്യത്തിനായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കാതെ ജീവിച്ച് ഈ ശരീരത്തിന് അമിതമായ പ്രാധാന്യം കൊടുത്തപ്പോ ഇതൊരു ശരീരം പെണ്ണിന്റെ പെണ്ണിന്റെ ദൗർബല്യങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും ഇതൊരു ഭാര്യയാണെങ്കിൽ ഭാര്യയുടെ പ്രശ്നങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും അമ്മയാണെങ്കിൽ അമ്മയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഭർത്താവ് കല്യാണം കഴിച്ച് ഉപേക്ഷിച്ചവളാണെങ്കിൽ ഒരു ഡൈവേഴ്സിയുടെ പ്രശ്നങ്ങളുണ്ടാവും ഭർത്താവ് മരിച്ചവളാണെങ്കിൽ ഒരു വിധവയുടെ പ്രശ്നങ്ങളുണ്ടാവും മക്കൾ നോക്കാത്തവളാണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിച്ചേ പറ്റുള്ളൂ നേരമറച്ച് നമ്മൾ സൂക്ഷ്മമായി നമ്മളെ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മനസ്സിന് ആണെന്നോ പെണ്ണെന്നോ ജനിച്ചവനെന്നോ മരിച്ചവനെന്നോ പ്രായമെന്നോ ഇതൊന്നും ഇല്ല വാസ്തവത്തിൽ ഞാൻ ദുഃഖിക്കേണ്ട ഒരാവശ്യവും ഇല്ല കാരണം ഇത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നത് കാലത്തിന്റെ ഒരു നിശ്ചയമാണ് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എനിക്കിത് ഒന്നും ചെയ്യാൻ സാധ്യല്ല ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലവരെ പറയുന്ന ആളുകൾ പോലും കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് രാമകൃഷ്ണദേവൻ ചെറുപ്പത്തിലെ വലിയ പരമഭക്തനായിരുന്നു കാളീദേവിയുടെ കാളിയെ ഉപാസിച്ചുപാസിച്ച് പ്രത്യക്ഷീകരിച്ചവരാണ് രാമകൃഷ്ണ പരമാവസർ അദ്ദേഹത്തിന് പോലും എന്നൊരു അനുഭവത്തിലൂടെ കടന്നു വന്നു അതും ഘോരമായ ക്യാൻസർ ചെറുപ്പത്തിലെ ഭഗവൻ മാർഗത്തിലേക്ക് തിരിഞ്ഞ് ആത്മസാക്ഷാത്കാരം നേടി ലോകത്തെ കണ്ണു തുറപ്പിച്ചാളാണ് രമണ മഹർഷി അദ്ദേഹത്തിനും അനുഭവിക്കേണ്ടി വന്നു ക്യാൻസറിന്റെ അനുഭവങ്ങൾ വിവേകാനന്ദ സ്വാമികൾക്ക് പൈൽസിന്റെ അറ്റാക്ക് വളരെ കൂടുതലായിരുന്നു അദ്ദേഹത്തിന് അവസാനം ഈ ശരീരത്തെ കൊണ്ടു പറ്റില്ല എന്നുള്ള അവസ്ഥ വരെത്തിക്കഴിഞ്ഞു അങ്ങനെയൊക്കെ പലരും ജീവിതത്തിൽ നന്മ ചെയ്തവർ പോലും വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അവരൊന്നും തളർന്നിട്ടില്ല തകർന്നിട്ടില്ല കാരണം അവരവരുടെ വ്യക്തിത്വത്തെ കണ്ടത് സ്ഥൂലമായിട്ടായിരുന്നില്ല മറിച്ച് സൂക്ഷ്മമായിട്ട് അവർക്ക് മനസ്സിലായി ഇതൊന്നും മനസ്സിനെയല്ല ബാധിക്കുന്ന ക്യാൻസർ ശരീരത്തിന് വരാം ക്യാൻസർ ഒരിക്കലും മനസ്സിന് വരില്ല പലർക്കും ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം വരാറുണ്ട് ഇത്രയും ദിവസം കമ്പലത്തിൽ പോയിട്ട് നാമങ്ങൾ ചൊല്ലിയിട്ട് ഭാഗവതൊക്കെ വായിച്ചിട്ട് എനിക്ക് മാത്രം എന്താ അങ്ങനെ ഒരു പ്രശ്നം വന്നത് ഞാനെന്ത് തെറ്റാ ഗുരുവായപ്പ ഒരു വാരപ്പം പറയും ഞാൻ തന്നെ പോകുമ്പോൾ അമ്പയറ്റിട്ടാണ് പോയിരിക്കുന്നത് അതെന്തൊരു കാര്യം വെച്ച് നോക്കൂ എനിക്ക് പോലെ അങ്ങനെയേ പോകാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്കൊരു എക്സപ്ഷനൊക്കെ ഉണ്ടോ നിങ്ങളെന്നും എൻ്റെ അടുത്ത് വന്നു എന്നുള്ളതാണ് വലിയ പ്രശ്നം കാരണം നിങ്ങളെങ്ങനെ തെറ്റിദ്ധാരണയിൽ വന്നു എൻ്റെ അടുത്തിന് പ്രതീക്ഷ വെച്ചിട്ട് വന്നു ഞാൻ അമ്പലത്തിൽ വരുന്ന ആളാണ് നാമം ചൊല്ലുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് മാത്രം ഒരു പ്രശ്നം ഉണ്ടാവരുത് ബാക്കി ആർക്കും വേണമെങ്കിലും കൊടുത്തോളൂ അത് തെറ്റായ ചിന്തയല്ലേ ശരിയല്ല ചിന്തിക്കും നിങ്ങൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിച്ചത് നമ്മുടെ തെറ്റല്ല കാരണം ചെറുത്തത്തിലെ നമ്മൾ പ്രാർത്ഥിച്ചത് അങ്ങനെയാണ് കുട്ടികളായിരിക്കും ഈ അബദ്ധങ്ങളൊന്നും കുട്ടികളെ പ്രാർത്ഥിപ്പിക്കരുത് ഇനിയുള്ള അമ്മമാരെങ്കിലും കുട്ടികളെ പ്രാർത്ഥിക്കും പറയും പോനെ ദീർഘായു സിറ്റ് തരണേന്ന് എന്താ ഈ തസ്തിരുത്തിരിക്കാൻ പോവണോ ദീർഘായു ചുറ്റു കൊടുക്കാൻ ഒരു ദിവസം അടിച്ചു പോവണം ഒരു ദിവസം പ്രോചയേ പറ്റുള്ളൂ പ്രകൃതിയുടെ നിയമാണ് അങ്ങനെ അസുഖങ്ങളൊന്നും വരരുതെന്ന് പ്രാർത്ഥിക്കുക ഭഗവാനെ ഓരസുഖം വരരുത് അവൻ പ്രാർത്ഥിക്കുന്നു പനി പനിയുടെ ലക്ഷണമായിട്ടാവും പ്രാർത്ഥിക്കുന്നു അത് പ്രകൃതിയുടെ നിയമമാണ് ആർക്കതൊന്നും മാറി നിൽക്കാൻ പറ്റില്ല അതിങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന അസുഖം വരരുത് പരീക്ഷയിലൊക്കെ ഭഗവാനെ നല്ല മാർക്ക് തരണേന്ന് അതൊക്കെ എങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് അബദ്ധമായി തീരും നമുക്ക് ഈശ്വരനുള്ള വിശ്വാസമല്ല കൂടെ ഈശ്വരനുള്ള വിശ്വാസം കുറയ്ക്കുക ചെയ്യാം മറിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്തായിരുന്നു ഭഗവാനെ അവിടുത്തെ ഇച്ഛ എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ എന്നെ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ ഞാൻ ഭംഗിയായിട്ട് നിറവേറ്റാം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായിട്ട് നിറവേറ്റാം അങ്ങനെ ഞാൻ പറയുമായിരുന്നു എങ്കിൽ ഏത് അനുകൂല പ്രതികൂല സാഹചര്യങ്ങളെയും നമുക്ക് നേരിടാൻ കരുത്തുള്ളവനായി തീരുമായിരുന്നു അല്ലേ അതല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇപ്രകാരമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാനും പഠിക്കാനുമാണ് ഭാഗവതം ഇങ്ങനെയൊക്കെ കഥ പറയുന്നത് ഏതായാലും ഇങ്ങനെ തൃണാവർത്തനും കഴിഞ്ഞിട്ട് അടുത്തത് എട്ടാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ നാമകരണം പറയാണ് ഭാഗവതത്തിൽ നല്ലൊരു കുട്ടി ചോദ്യം ചോദിക്കേണ്ടായി ഭഗവാൻ എന്തുകൊണ്ടാണ് വീണ്ടും പാലാഴി കടഞ്ഞപ്പോ ഐരാവതം വന്നതെന്നൊരു കുട്ടി നല്ല ചോദിക്കേണ്ടായി അപ്പൊ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിവെക്കൂ ഭഗവാൻ എട്ടാമത്തെ പുത്രനായി അവതരിച്ചു എന്നാണ് കഥ പറയുന്നത് ആ ഭഗവാന്റെ എട്ടാമത്തെ അവതാരത്തെ ഭാഗവതത്തിൽ വളരെ ശ്രദ്ധിച്ച പല രസങ്ങളും നിങ്ങൾക്ക് കാണാം മൂന്നാമത്തെ അധ്യായത്തിൽ എട്ടാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാന്റെ അവതാരം വിളിച്ചു പറയുന്നത് അതുകഴിഞ്ഞ് എട്ടാമത്തെ അധ്യായത്തിലാണ് ഭഗവാന്റെ നാമകരണം പറയുന്നത് ഇനി ഭഗവാൻ വിവാഹം കഴിക്കുമ്പോൾ എട്ട് ഭാര്യമാരെ വിധിപൂർവം വിവാഹം കഴിച്ചു എന്നാണ് കഥ പറയുന്നത് ഈ എട്ടിനെ വളരെയധികം പ്രാധാന്യം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇനിയും നമുക്ക് പിന്നീട് അതിലേക്ക് കിടക്കാം ഏതായാലും ഭഗവാന്റെ നാമകരണത്തിന് വേണ്ടി ഒരു ദിവസം വസുദേവര് യതുക്കളുടെ ആചാര്യനായ ഗർഗാചാര്യരെ കണ്ടിട്ട് ആചാര്യരെ ഉണ്ണികൾ വളരല്ലേ ഒന്നു പോയി പേരൊക്കെ ഇടണ്ടേന്ന് ശരിയാണ് ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നന്ദഗോപുരുടെ നന്ദകാവിലെത്തി അതായത് അമ്പാടിയിലെത്തിക്കഴിഞ്ഞു ഗർഗാചാര്യ ഇങ്ങനെ വിചാരിക്കുകയാണ് നോക്കണേ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനായിരിക്കുന്ന ഭഗവാനെയാണ് ഞാൻ പേരിടാൻ പോകുന്നത് അതിനൊരു ഭാഗ്യം ഏതായാലും നന്ദഗോപുരന്റെ ഗൃഹത്തിലെത്തി അദ്ദേഹം ഉപചാരങ്ങളൊക്കെ ചെയ്ത് സ്വീകരിച്ചിരുത്തി അങ്ങനെ ആദ്യം തന്നെ പേരിടേണ്ട കാര്യങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞു ഇത്രയും ആളുകൾ കാണേ നമ്മൾ കുട്ടികൾക്ക് പേരിട്ടാൽ ഒരു കംസനെങ്ങാനും തിരിച്ചറിഞ്ഞാലോ ഈ കുട്ടികള് വസുദേവരുടെ കുട്ടികളാണ് കാരണം ഞാൻ എതുക്കളുടെ ആചാരനാണല്ലോ എതുക്കളുടെ ആചാര്യനായതുകൊണ്ട് കംസനെ വധിക്കാൻ വന്ന കുട്ടികൾ ഇവിടെയാണെന്നെങ്ങാനും കംസൻ അറിഞ്ഞാൽ പാവം ഈ കുട്ടികൾക്ക് കഷ്ടപ്പാടുണ്ടാവില്ലേ അതുകൊണ്ട് ആരാനും ഒരു കണ്ണശയൊക്കെ എഴുതി മൂബി ചന്ദനൊക്കെ ചാർത്തിക്കൊണ്ട് ഭഗവാനെയും ഒരു പീതാംബരൊക്കെ ധരിപ്പിച്ചുകൊണ്ട് അവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് ആദ്യം തന്നെ ഗർഗാചാര്യരെ ബലരാമസ്വാമി നോക്കി വേല പട്ടുധരിച്ച് വെളുത്ത ദേഹത്തോടുകൂടി നല്ല തടിമാടനായിട്ടിരിക്കുന്ന ബലരാമസ്വാമിയെ എടുത്തുപൊക്കി മടിയിൽ വെച്ച് പേരിടാൻ വേണ്ടി ആ നോക്കിയപ്പോൾ ഞാൻ ആലോചിച്ചു ഈ പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന ഏതൊരു അത്ഭുത ശക്തിയാണോ ആ ശക്തിക്കാണ് ഞാൻ പേരിടേണ്ടിയിരിക്കുന്നത് ഏതായാലും നന്ദഗോപരുടെ മുഖത്തേക്കും രോഹിണി ദേവിയുടെ മുഖത്തേക്കൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇവന് നല്ല ബലമുണ്ട് അതുകൊണ്ട് ബലൻ എന്നൊരു പേര് വരിയിരിക്കട്ടെ എന്ന് എന്ന് മാത്രമല്ല ഇവൻ രമിപ്പിക്കും എല്ലാവരെയും സന്തോഷിപ്പിക്കും അതുകൊണ്ട് ഇവന് രാമൻ എന്നൊരു പേരുണ്ട് അതുകൊണ്ട് വേറെ വേറെ വിളിക്കേണ്ട ബലനും രാമനും കൂട്ടിയിട്ടങ്ങോട്ട് ബലരാമൻ എന്നങ്ങോട്ട് വിളിച്ചോളൂ സന്തോഷമായി നന്ദഗോപർക്ക് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു ഇവൻ വലുതായി കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാവരെയും ഒന്നിപ്പിക്കും ഇപ്പൊ യതുക്കളും അന്തകന്മാരും വിഷ്ണികളും ബോധന്മാരും സാത്വന്മാരും മധുക്കളും തുടങ്ങിയിട്ടുള്ളവരൊക്കെ വേറെ വേറെയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ എല്ലാവരെയും ഒന്നിപ്പിച്ച ഒരു വംശത്തിന്റെ കീഴിൽ പിടിച്ചു നിർത്താൻ ഇവന് സാധിക്കും അതുകൊണ്ട് ഇവന് സംഘർഷണൻ എന്നൊരു പേരുണ്ട് എന്നും അവിടെ ഓർമ്മിപ്പിച്ചു അതിന്റെ പിന്നിലൊക്കെ വളരെ വളരെ ശാസ്ത്രീയമായ തത്വങ്ങൾ ഇരിപ്പുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ബലരാമസ്വാമി മാറ്റി നിർത്തി പിന്നീട് കൃഷ്ണനെ വടിയിൽ പിടിച്ചിരുത്തി ഒന്നാം നോക്കി ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥൻ തന്റെ നാവ് പോലും പ്രവർത്തിക്കുന്നത് ഏതൊരു കൃഷ്ണ സാന്നിധ്യത്താലാണോ ആ കൃഷ്ണനാണ് പേരിടേണ്ടിയിരിക്കുന്നത് ഭഗവാൻ ഇങ്ങനെ നോക്കിയപ്പോ ഭഗവാൻ കള്ളന്നോട്ടിട്ടു വേഗം കഴിച്ചോളൂ പണിയുന്നത് കാത്തിരിക്കേണ്ടാണ് ഗർഗാചാര്യർക്ക് കാര്യം മനസ്സിലായി ഗർഗാചാര്യൻ ആ ഭഗവാന്റെ മുഖത്ത് നോക്കിയിട്ട് ഭഗവാനെ ഏത് പേര് വിളിച്ചാലാണ് അങ്ങേക്ക് ഉചിതമായിട്ട് തോന്നുന്ന എന്ന് ഇങ്ങനെ ഭഗവാന്റെ നിറം നോക്കിയപ്പോ നല്ല കാർമ്മിക ഇത് കണ്ടപ്പോൾ ഗർഗാചാര് പറഞ്ഞു നല്ല കൃഷ്ണവർണ്ണമായതുകൊണ്ട് നമുക്കിങ്ങനെ കൃഷ്ണൻ എന്ന് പേരിടാണ് ഏതായാലും നമ്മൾ അങ്ങനെ ഒന്നും പേരിടണ്ട നല്ല കറുത്ത കുട്ടി വന്ന് ചെന്ന് അവന് കറുപ്പൻ തന്നെ പേരിട്ടില്ല ഭഗവാനെ കൃഷ്ണൻ എന്നൊക്കെ വിടുന്നതിന് പിന്നീട് തത്വങ്ങൾ ഉണ്ട് പറയുകയാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണൻ എന്നർത്ഥം പൂർണ്ണതയിലെ കാർമ്മിക വർണ്ണം നമുക്ക് കാണാൻ പറ്റുള്ളൂ അനന്തതയിലെ നിങ്ങൾക്ക് കാർമ്മിക അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കൃഷ്ണൻ എന്നാൽ എന്നർത്ഥം വീണ്ടും കൃഷ്ണൻ എന്നാൽ ഭഗവാൻ പുഞ്ചിരിച്ചപ്പോ ഭഗവാന്റെ മുഖത്ത് നോക്കിയപ്പോ ആ പുഞ്ചിരിയിൽ അങ്ങോട്ട് ആകർഷിതനായി ഉടനെ മനസ്സിലായി കൃഷ്ണൻ പ്രേമം എന്നർത്ഥം പ്രേമം എവിടെയുണ്ടോ അവിടെ ഒരു ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹമെന്ന് പറയുന്നത് പ്രേമത്തിൻ്റെ അങ്ങേയറ്റമാണത് ആ കുട്ടിയുടെ പുഞ്ചിരിയിൽ അമ്മ അങ്ങോട്ട് മതി മറന്നു പോവും ലയിച്ചു പോവും എല്ലാ ദുഃഖങ്ങളും മറക്കാൻ സാധിക്കും ആ ഒരു പ്രേമത്തിൻ്റെ ആകർഷണത്വം സ്വാഭാവികമായിട്ട് നമ്മളിലൊക്കെ ഉണ്ടോ എന്ന് പറയാണ് എത്ര വേദനിക്കുന്ന മനസ്സായാലും ഒരു ഉണ്ണി പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ ദേഷ്യപ്പെട്ടു പോകാൻ പറ്റില്ല നമ്മൾ സ്വാഭാവികമായിട്ട് ആ പ്രേമത്തിലേക്ക് വീണു പോകുന്നവർ വീണ്ടും കൃഷ്ണൻ എന്നതുകൊണ്ട് എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവൻ ആരോ അവൻ കൃഷ്ണൻ കൃഷ്ണൻ എന്നാൽ ആനന്ദം എന്നൊരർത്ഥമുണ്ട് കൃഷ്ണൻ എന്നാൽ പ്രേമം എല്ലാവരെയും ചൈതന്യവത്താക്കി വയ്ക്കുന്നവൻ എന്നെല്ലാം അർത്ഥമുണ്ട് ഈ അർത്ഥങ്ങളൊക്കെ വെച്ചിട്ട് പറഞ്ഞു ഇവന്റെ പേര് കൃഷ്ണനെന്ന് ഇനി ഇതിനു മുമ്പ് ഇവൻ വസുദേവരുടെ പുത്രനായതുകൊണ്ട് വാസുദേവൻ എന്നൊരു പേരും ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു എന്റെ നന്ദഗോപുരെ എങ്ങനെ എനിക്ക് പറയാൻ അറിയില്ല ഇവന് അനേകായിരം പേരുകളുണ്ട് അതൊക്കെ ഞാൻ അറിയുന്നു അങ്ങേട് പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാവും തോന്നുന്നില്ല ഒരു കാര്യം ഇവൻ നാരായണ സമോ ഗുണൈഹി നാരായണന് തുല്യനാണെന്ന് അറിഞ്ഞാലും നാരായണനാണെന്ന് പറയാമായിരുന്നു പക്ഷേ നാരായണൻ എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നന്ദഗോപര്ക്ക് ആ സമയത്ത് ആ പക്വത വന്നിട്ടില്ല പുത്രഭാവത്തിലെ നന്ദഗോപുർ കാണുള്ളൂ ഉണ്ണി നാരായണൻ എന്ന് പറഞ്ഞാൽ തമ്മിലിരിക്കുന്ന ചൈതന്യം എന്നാണല്ലോ ഏതായാലും അവസാനം പറഞ്ഞു ഇവരെ നല്ലവണ്ണം രക്ഷിച്ചോളൂ ഇവൻ നിങ്ങളെയൊക്കെ നിങ്ങൾക്കൊക്കെ ഭാഗ്യവും ഐശ്വര്യവും ആനന്ദവും തന്നെ നിങ്ങളെ രക്ഷിച്ചോളും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്നും കരുതാചാര്യർ പോകും പിന്നെ അതിനുശേഷം ഭഗവാൻ കൃഷ്ണനും മറ്റും വളരാൻ തുടങ്ങി അങ്ങനെ ഭഗവാന്റെ ബാലലീലകളിലേക്ക് കിടക്കുകയാണ് ഇവിടെ വ്യാസമാഹർഷി ഭഗവാൻ ഉണ്ണിയായിട്ടിങ്ങനെ മുട്ടുകുത്തി നടന്ന് പിന്നെ പിന്നെ പിച്ച വെച്ച് നടന്ന് അങ്ങനെ വളരാ വളരാൻ തുടങ്ങിയപ്പോ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ അടുക്കളയിലേക്ക് കയറും പാല് വല്ലതും അകത്തു വെച്ചിട്ടുണ്ടോ എന്നിട്ട് അമ്മ കാണാതെ കട്ടുകുടിക്കാൻ തുടങ്ങി അമ്മ വിചാരിക്കും ഇതൊക്കെ ഉണ്ണി അല്ല ചെയ്തുപോലെ പൂച്ചയൊക്കെ തട്ടിമറിച്ചതാണെന്നൊക്കെ വിചാരിക്കും അതും കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ പതുക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങി അമ്മയും രോഹിണി ദേവിയും ആ കുട്ടികളുടെ പിച്ചവച്ചുള്ള നടത്തവും കുസൃതിയുള്ള കളികളും വികൃതികളും കണ്ടിങ്ങനെ ആസ്വദിക്കും പശുവിന്റെ പിന്നാലെ പോവുക വാലിൽ തൂങ്ങിക്കളിക്കുക കുരങ്ങിന്റെ വായ തുറന്ന് പല്ലെണ്ണി നോക്കുക പട്ടിയുടെ പുറത്തു കയറി നോക്കുക ഇങ്ങനെ മൃഗങ്ങളുമായിട്ടും മറ്റുമൊക്കെയുള്ള സഹവാസം അമ്മയ്ക്ക് പേടി ഈ കുട്ടികൾക്ക് വല്ലതും പറ്റുമോ എന്തായാലും അമ്മയ്ക്ക് കടങ്ങു വീഴാനും അനുഭവം ഇങ്ങനെയൊക്കെയുള്ള സാധ്യത ഉണ്ടല്ലോ ഇതിനൊക്കെ അങ്ങനെ ഗോപന്മാർ ഗോപികമാരുടെ വീടുകളിലേക്ക് ഉണ്ണിങ്ങനെ പോയപ്പോ അവിടെ ചെല്ലുമ്പോൾ വയറൊക്കെ ഇങ്ങനെ കത്തേക്ക് ഒട്ടിപ്പിടിക്കും പിടിപ്പിച്ചാൽ പോവാം അപ്പൊ ഗോപി ചോദിക്കും എന്താ കണ്ണ എന്നൊന്നും കഴിച്ചിട്ടില്ല വയറൊക്കെ അങ്ങനെ വളരെ ഒട്ടിയിരിക്കണോ ഒന്നും തന്നിട്ടില്ല അമ്മ പാല് കുടിച്ചിട്ടില്ല ഇത്തിരി പാലേ കുടിച്ചുള്ളൂന്ന് എന്നൊക്കെ പറഞ്ഞ് ഉട പറയുമ്പം അവര് പാലൊക്കെ കൊടുക്കും വയറ് വരെ പാലും വെണ്ണയൊക്കെ കൊടുത്തിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു കുസുത്തി ഒപ്പിക്കും അവരുടെ പശുക്കുട്ടി അഴിച്ചിട്ടുണ്ടാവും അയ്യോ നിങ്ങളെ പശുക്കുട്ടി അഴിച്ച് ആ അഴിഞ്ഞിട്ട് ആ പാല് കുടിക്കണോന്ന് ഇവർ അതിന്റെ അടുത്തേക്ക് ഒപ്പിക്കും ബാക്കിയുള്ള പാല് ബാക്കിയുള്ളതൊക്കെ പൂച്ചയ്ക്കൊക്കെ കൊടുത്ത് പിന്നെ അവിടുന്ന് മുങ്ങും അടുത്ത ഗോപിയാണ് വീട്ടിലേക്ക് എങ്ങനെങ്കിലും വയറൊക്കെ അമർത്തിപ്പിടിച്ച് അവിടുന്ന് ചോദിക്കും പാലൊക്കെ അവസാനം വീട്ടിലെത്തുമ്പോഴേക്കും വയറുണ്ടാവും മദ്ദളം പോലെ എന്താ കണ്ടാൽ നിന്റെ വയറൊക്കെ എത്ര അയ്യോ ആ ഗോപിയമാരോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കേൾക്കണ്ടേ പാലൊക്കെ ഉള്ളത് കുടിപ്പിച്ചു എന്നെ നല്ല ചീത്ത വിളിക്കുക ഇത് കേൾക്കുമ്പോൾ ഭഗവാൻ ഇങ്ങനെ ആസ്വദിച്ച് കേൾക്ക് കുറച്ച് എങ്ങനെയൊക്കെ കേൾക്കണം നിങ്ങളാണ് അങ്ങനെ ആ ഗോപിയമാരെ കളിയാക്കിക്കൊണ്ടും പിന്നെ തന്റെ കുസൃതി ഇങ്ങനെ കൂടാൻ തുടങ്ങി ഗോപികമാർക്കിങ്ങനെ സംശയം തോന്നി കൃഷ്ണൻ ഇത്തിരി കള്ളത്തരൊക്കെ പറയുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഏതായാലും പാല് കട്ടുകുടിക്കണോ എന്നുള്ളത് അവർക്ക് തോന്നിയപ്പോ ഉറിയിലൊക്കെ തുടങ്ങി ഭഗവാന്റെ വിടണു ഗോപന്മാരുടെയൊക്കെ കൂടെ പോയിട്ട് പലരാമസ്വാമിയോട് പറയും അവിടുന്ന് നല്ല ശക്തനല്ലേ താഴെ മുട്ടുകുത്തി നിന്നാമതിയും ബാക്കിയൊക്കെ ഞങ്ങളേറ്റുള്ള ബാക്കി ഓരോ ഗോപന്മാരെയൊക്കെ പുറത്തേറ്റി ഭഗവാൻ ഏറ്റവും മുകളിലേറിയിട്ട് ആ പാലൊക്കെ കുടിച്ച് അപ്പോഴേക്കും ഗോപികയുടെ ശബ്ദം കേൾക്കുമ്പോഴേക്കും എല്ലാവരും ചാടി ഓടാൻ തുടങ്ങുന്നു ഭഗവാൻ അതിന്റെ മുകളിലോ എങ്ങനെയാ കൃഷ്ണ നീ അതിന്റെ മുകളിലെത്തിയതെന്ന് ഇല്ലേ ഒരു പൂച്ച പാൽ ഓടിക്കാൻ വന്നപ്പോ ഞാൻ ചാടി കയറിയതാണ് അതിനെ ഓടിക്കാമെന്ന് എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞ് ആ ഗോപികമാരുടെ മനസ്സിനെ ഭഗവാൻ അവരറിയാതെ തന്നിലേക്ക് എത്തിച്ചു പറയാണ് ആ ഗോപികമാർക്ക് ഭഗവാനെ കാണാതിരിക്കാൻ വയ്യാത്തൊരവസ്ഥ വന്നു അവർക്കെന്നും ഭഗവാനെ കാണണം ഒരു നോട്ടം കണ്ടേ പറ്റുള്ളൂ അങ്ങനെ കാലം മുന്നോട്ട് പോകുന്നു അതിന്റെ ഇടയ്ക്ക് ഒരിക്കൽ ഗോപികമാർ ഭഗവാൻ ഇങ്ങനെ അമ്മയുടെ മടിയിൽ കിടന്ന് പാൽ ഓടിക്കുകയാണ് പാൽ കുടിക്കുന്നതിനിടയിൽ അമ്മ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയപ്പോ ആ വികൃതിയിൽ ഒരു പുഞ്ചിരിയൊക്കെ പുഞ്ചിരിച്ചു അമ്മ ആ പുഞ്ചിരിയിൽ അങ്ങോട്ട് മയങ്ങിപ്പോയി ആ സമയത്ത് ഭഗവാനെ തോന്നിയൊരു ലീല ചെയ്യാന്ന് ഒന്ന് കോട്ടുവായിട്ട് വായെന്ന് പൊളിച്ചു കാണിച്ചു കൊടുത്തു ആ അമ്മ ഒരു നിമിഷം നോക്കുമ്പോഴേക്ക് തലകറങ്ങുന്നത് തോന്നി ആകാശം ഭൂമി എല്ലാ ദ്വീപുകളും സാഗരങ്ങളും മലകളും പർവ്വതങ്ങളും എന്തിനേത സൂര്യനക്ഷത്രങ്ങൾ ഇതൊക്കെ കൂടി കണ്ടപ്പോൾ തലകറങ്ങി ഒന്നീ വായടയ്ക്കൂ വായടയ്ക്കൂ എന്ന് പറഞ്ഞു ഭഗവാൻ ഈ പ്രപഞ്ചം തന്നിലാണെന്നും താൻ അമ്മയുടെ മടിയിൽ കിടക്കുന്ന ചെറിയൊരു സാധനമല്ലെന്നും എന്നൊക്കെ അമ്മയെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ നോക്കി പക്ഷെ അമ്മയ്ക്ക് അതൊന്നും മനസ്സിലായില്ല അമ്മയ്ക്ക് മനസ്സിലായത് ഇത് ഞാൻ പ്രസവിച്ചൊരു കുട്ടിയായിട്ടാണ് ഏതായാലും കാലം വീണ്ടും മുന്നോട്ടു പോയി അങ്ങനെ ഭഗവാന്റെ കുസൃതികളൊക്കെ കൂടാൻ തുടങ്ങി ഒരു ദിവസം അമ്മ മടിയിൽ വച്ച് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മങ്ങനെ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേയും ഒരാരേ എന്നൊക്കെയുള്ള പാട്ടൊക്കെ പാടുന്നുണ്ട് ഒരു കൈ കൊണ്ട് തൈര് കടയുന്നുണ്ട് പണ്ടത്തെ സ്ത്രീകൾക്ക് ഒരേ സമയം നൂറ് പണി ചെയ്യാൻ പറ്റുവായിരുന്നു ഇന്ന് നേരെ വിപരീത ഒരേ സമയത്ത് ഒരു പണി പോലും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാലായി എല്ലാം വിഷയം വന്നപ്പോഴേ കാലം മാറിപ്പോയി അപ്പൊ അവർ കൈ കൊണ്ട് തൈര് കടയും കുട്ടിക്ക് അതേസമയം പാല് കൊടുക്കും എന്താണ് പാട്ടുപാടും ഇതൊക്കെ ചെയ്തുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കണ്ണ് അടുപ്പിലേക്ക് പോയത് അവിടെ എങ്ങനെ പാല് തളച്ചിങ്ങനെ വരികയാണ് അത് കണ്ടതും ഉടനെ തന്നെ കുട്ടിയെ മടിയിൽ നിന്ന് മാറ്റിക്കിടത്തി ഭഗവാനോട് അവിടെ കിടക്കട്ടെ ഉണ്ണി ഞാനിപ്പോൾ വരാൻ വേഗം അങ്ങോട്ട് ഓടിച്ചൊന്ന് പാലെടുത്ത് വയ്ക്കാൻ ഭഗവാന് തോന്നി തന്നെ ഇങ്ങനെ പാല്പിടിപ്പിച്ച് രസിപ്പിച്ച് അതിലെങ്ങനെ അതെങ്ങനെ തൃപ്തിയാവുന്നതിന് മുമ്പ് എങ്ങനെ തന്നെ ഉപേക്ഷിച്ച് പോയില്ലേ അമ്മ ശരിയല്ല ഇത് എന്ന് കാണിച്ച് ഒന്ന് കാണിച്ചു കൊടുക്കണം എന്തായാലും ഒരു ശിക്ഷ കൊടുത്തിട്ട് കാര്യമെന്നൊക്കെ കരുതിയിട്ട് അവിടെ കിടന്ന കളിപ്പാട്ടം എടുത്ത് തൈര് കലട്ട് അടിവെച്ച് കൊടുത്തു അത് കടകളെ പൊട്ടി തൈരെല്ലാം പുറത്തു വന്ന് അതെല്ലാം ഒഴുകിയത് പോയി ഭഗവാൻ അവിടുന്ന് ആ വെണ്ണപ്പാത്രമൊക്കെ തുറന്ന് രണ്ട് കയ്യിലും നിറയെ കൈ കൊണ്ട് വെണ്ണയൊക്കെ എടുത്ത് കുറേയൊക്കെ വായലങ്ങോട്ട് പിന്നെയും വാരിയെടുത്ത് താഴെയൊക്കെ കുറെ വലിച്ചെറിഞ്ഞ് നേരെ ഓടി അമ്മ വന്നു നോക്കുമ്പോൾ കാണും കണ്ടതും ആദ്യം സന്തോഷം തോന്നി ഇങ്ങനെയൊക്കെ പൊട്ടിക്കാൻ അവന് സാധിക്കുമോ ഇത്രയൊക്കെ ശക്തി വന്നുണ്ടോ പിന്നെ തോന്നി ഇവൻ ഇത് പൊട്ടിച്ചു പോയവനല്ല ശരി ഒരു ശിക്ഷ കൊടുത്തിട്ട് കാര്യം കുറെ ദിവസമായി ഇവന്റെ വികൃതി തുടങ്ങിയിട്ട് എങ്ങനെ ഗോപികമാരെ പറയുമ്പോൾ ഞാൻ വിശ്വസിക്കാറില്ല ഇപ്പോഴല്ലേ മനസ്സിലായത് പിന്നെ വികൃതി കൂടിയിട്ടുണ്ടെന്ന് ഏതായാലും ശിക്ഷ കൊടുത്തിട്ട് കാര്യം എന്തൊക്കെ കരിഞ്ഞിട്ട് വടിയൊക്കെ എടുത്തിട്ട് കൃഷ്ണനെ പിടിക്കാൻ പോവുകയാണ് നോക്കുമ്പോൾ കാണുന്നതെന്താണ് പുറത്ത് ഒരു ഒരലിന്റെ മുകളിൽ കയറി നിന്ന് വെണ്ണയൊക്കെ അണ്ണാനും പൂച്ചയ്ക്കൊക്കെ കൊടുത്തിങ്ങനെ ആസ്വദിക്കുകയാണ് അമ്മയുടെ കയ്യിൽ വടി കണ്ടതും പിന്നെ ഭഗവാൻ നിന്നില്ല ഓടാൻ തുടങ്ങി എന്നിട്ട് അമ്മയുടെ മുഖത്ത് നോക്കി കൈകളെ കൊണ്ട് കണ്ണ് രണ്ടും തിരുമാൻ തുടങ്ങി കൺമഷിയൊക്കെ അല്ലെങ്കിൽ കറപ്പെട്ട ആള് ആ കൺമിയൊക്കെ കണ്ണിലൊക്കെ പോയി കണ്ണൊക്കെ ചുന്നിങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ അമ്മയ്ക്ക് തോന്നി വടി കണ്ടിട്ട് കുട്ടി പേടിച്ചതാണെന്ന് കഴിഞ്ഞാൽ വടിയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു കള്ളത്തരാമെന്നുള്ള അമ്മയ്ക്ക് പാവം അറിയുണ്ടോ അത് കഴിഞ്ഞിട്ട് കുട്ടി എന്തായാലും പിടിച്ചിട്ട് കാര്യമെന്ന് കുറേ അമ്മയുടെ അമ്മയെ ഓടിച്ചു ആ സമയത്ത് ഭാഗവതം പറയുന്ന അമ്മയുടെ തലയിൽ കുറെ മുല്ലപ്പൂ ഉണ്ടായി തുടങ്ങി വീഴാൻ തുടങ്ങി ഒരുപക്ഷേ ദേവന്മാർക്ക് പൂവ് കിട്ടിയിട്ടുണ്ടാവില്ല ആ സമയത്ത് നവിൻ അമ്മയുടെ കഴുത്തിൽ തലയിൽ തന്നെ കിടക്കുന്ന പൂവ് വീണോട്ടെ എന്ന് കരുതി എത്രയോ കാലം തപസ് ചെയ്ത പിടിക്കാൻ പറ്റാത്ത ഒരു പരമതത്വത്തെ പാവം യശോദാദേവി പിടിക്കാൻ ചെല്ലുന്നതിന് വ്യാസമഹർഷി നോക്കി നിൽക്കുകയാണ് ആ ഒരു നിമിഷം ഭഗവാന് തോന്നി പാവം ഈ അമ്മയെ ഓടിപ്പിച്ചതെന്താ കാര്യം അങ്ങോട്ട് അനുവദിച്ചു കൊടുത്തേക്കാ കരുതി തന്നെ പിടിക്കാൻ അനുവദിച്ചു എന്നാണ് അപ്പോഴേക്കും ദേവിക്ക് താൻ പിടിച്ചില്ലേ എന്നുള്ള രഥം വന്നതും ഇവിടെ തന്നെ രോഹിണി ദേവിയോട് വിളിച്ചു പറയുകയാണ് ഏ രോഹിണി ദേവി കൊണ്ടുവരൂ ഒരു കയർ ഇവനെ അന്ന് ഇത്ര വീതിയാവാൻ വയ്യ കുട്ടികളാകുമ്പോൾ ഇത്തിരിയോടെ അടക്കും വേണ്ടേ കൊണ്ടുവരൂ കയർ എന്ന് രോഹിണി ദേവി ഇവിടുന്ന് ഒരു കയറൊക്കെ കൊണ്ടുവന്നു കെട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ വിചാരിച്ചെന്ന വരുന്ന കെട്ടട്ട എന്നെ എന്ന് സർവതരാചരങ്ങളുടെ ഈ എന്നെ ഒരു ശരീരത്തിന് പോലും കെട്ടാൻ സാധ്യല്ല പിന്നെയുണ്ടോ ഒരു കയറ് കൊണ്ട് കെട്ടാൻ പറ്റുന്നു ഏതായാലും കെട്ടാൻ വേണ്ടി ദേവി നോക്കി കെട്ടാൻ പറ്റുന്നില്ല ചെറിയൊരു നീളത്തിനൊരു കുറവ് ദേവി നോക്കിയപ്പോ രണ്ടുപേരും ഈ രോഹിണി ദേവി രണ്ടു പേരലും കൂടി നീളമുള്ള ഒരു കയറെടുത്തുകൊണ്ടിരുന്നു രോഹിണി ദേവി മറ്റൊരു കയറെടുത്തു കൊണ്ടുവന്നു കെട്ടാൻ നോക്കുമ്പോൾ അപ്പോഴും ഈ രണ്ടു പേരലിന്റെ ഒരു കുറവ് അങ്ങനെ അവിടെയുള്ള കയറൊക്കെ കൊണ്ടുവന്നു രോഹിണി ദേവി കുറച്ചുകൂടി വലുത് കൊണ്ടുവരുമെന്ന് ഇനി കൊണ്ടുവരണമെങ്കിൽ ഫാക്ടറി തുടങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞു അത് ഉള്ള കയറൊന്നപ്പോ പറ്റുന്നില്ല അതൊന്നും എത്തുന്നില്ല അത് അവസാനം ഭഗവാന് ഇവര് നാട്ടിലുള്ള ഈ പ്രപഞ്ചത്തുള്ള കൊണ്ടുവന്നാലും എന്നെ കെട്ടാൻ പറ്റില്ല കാരണം താൻ കയറുകൾ കൊതുങ്ങുന്നവനല്ല ഭഗവാൻ അനുവദിച്ചു കൊടുത്തു എന്നാണ് ആ അനുവദിച്ചു കൊടുത്തതും ഭഗവാൻ ആദ്യം കൊണ്ടുവന്ന കയറുകൊണ്ട് തന്നെ ഭഗവാനെ കെട്ടിയിടാൻ സാധിച്ചു എന്ന് അവരോരെല്ലാം അങ്ങോട്ട് കെട്ടിയിട്ടു എന്നിട്ട് യശോദാദേവി രോഹിണി ദേവി അങ്ങോട്ട് പോയപ്പോൾ ഗോപികമാർ പറഞ്ഞു ഇങ്ങനെ വേണം ഞങ്ങളുടെ വീട്ടിലെ കുടം പൊട്ടിക്കുമ്പോഴേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പാല് ഒരു ദിവസം ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ലല്ലേ അവിടെ ഇരിക്കും ഇന്ന് ആ കിടക്കുന്നേ കാണിച്ചു തരാം ഞങ്ങൾക്ക് സന്തോഷത്തിന്റെ ദിവസമെന്നൊക്കെ പറഞ്ഞ് കൃഷ്ണനെ കളിയാക്കാൻ തുടങ്ങി ഭഗവാൻ ഒരു മൈൻഡും ഉണ്ടായില്ല ഭഗവാൻ എൻ്റെ ഇത് മറച്ചിട്ട് അവിടുന്ന് ഉരുളാൻ തുടങ്ങി എന്നാ പിന്നെ അടുത്ത ലീലാണ് അങ്ങനെ ഉരുട്ടി ഉരുട്ടി ഉരുട്ടി ഉരുട്ടി ആ സാധനത്തെ കൊണ്ടുപോയി രണ്ട് മരുതവൃക്ഷങ്ങളുടെ ഒരു വി ആകൃതിൽ മരുതവൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു ഭഗവാന് തോന്നി അതിന്റെ ഉള്ളിൽ കൂടെ ഇവർ ഒരലെന്ന് കൊണ്ടുപോകണം കുട്ടികൾക്ക് എന്താ സാധ്യല്ലാത്ത അതേ അവർ സാധിക്കാൻ പറ്റൂ എന്നുള്ളത് മതിൽ കയറരുതെന്ന് കുട്ടിയോട് പറഞ്ഞാൽ അപ്പൊ അവൻ കയറി അതിന്റെ മുകളിൽ കയറി നോക്കൂ മോനെ അതിന്റെ മുകളിൽ ചാടുന്ന ചാടി കഴിഞ്ഞു കുട്ടികൾക്ക് അങ്ങനെ ചെയ്യരുത് അപ്പ ചെയ്തിരിക്കും ഭഗവാനെ തോന്നി നത് തന്നെ ആ മരുന്ന വൃക്ഷക്കളെ ഒരൽ തട്ടിയതും ഒരു നിമിഷം കൊണ്ട് ആ രണ്ട് വൃക്ഷങ്ങളും കടപൊഴുകി വീഴാൻ തുടങ്ങി ഭഗവാൻ നോക്കുമ്പോൾ കാടുന്നു രണ്ട് ദിവ്യരൂപങ്ങൾ അതിൻ്റെ ഉള്ളിലൂടെ പുറത്തു രണ്ടുപേരും ഭഗവാനെ കൈകൂപ്പി നമസ്കരിച്ച് തൊഴുത്ത് നിന്നും സ്തുതിക്കാൻ തുടങ്ങി കൃഷ്ണ കൃഷ്ണ മഹാപാഹോ മഹായോഗിൻ ത്വമാദ്യം വിശ്വം രൂപ ണാവിധു ഭഗവാനേയും അങ്ങനെ ഞങ്ങള് ഇപ്പോഴാണ് ആ മഹാത്മ്യവും മഹത്വവും അവിടുത്തെ ചൈതന്യ ശക്തി ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങളോട് പൊറുക്കണം ഭഗവാൻ ചോദിച്ചു ഞങ്ങളാണ് കുബേരന്റെ മക്കളായ നളകോപരമണിഗ്രീവന്മാർ എന്നറിയപ്പെടുന്നവര് ഭഗവാൻ ചോദിച്ചു നിങ്ങളെങ്ങനെ മരങ്ങളായത് എന്ന് അതല്ലേ ഭഗവാനെ പറ്റിയത് ഞങ്ങൾ ഒരിക്കൽ വസ്ത്രമൊന്നുമില്ലാതെ ഗംഗയിലിറങ്ങി അപ്സരസുകളുടെ കൂടെ ഇത്തിരി മദ്യവും കൂടി കഴിച്ചിട്ട് ആടിപ്പാടി ആ സമയത്ത് നാരദമാഷി അവിടെ വന്നിട്ട് പറഞ്ഞു കഷ്ടം ഇത്ര പവിത്രമായ ഗംഗയിലിറങ്ങി തോന്നിവാസം ചെയ്യാനാണല്ലോ നിങ്ങൾക്ക് തോന്നിയത് ജലക്രീണ ചെയ്യാനാണല്ലോ തോന്നിയത് പാവം അകറ്റേണ്ട ഗംഗയിൽ പാവം വർദ്ധിപ്പിക്കാനാണല്ലോ നിങ്ങൾക്ക് തോന്നിയത് എന്ന് പറഞ്ഞ് ഞങ്ങളെ രണ്ടുപേരെ ശപിച്ചു നിങ്ങൾ രണ്ടുപേരും മരങ്ങളായി പോകട്ടെ ഡ്രസ്സൊന്നും ഉടുക്കാതെ നടക്കുന്നവർക്കുണ്ടാവുന്ന രാമായണത്തിന് മരങ്ങളായി തീരുക എന്നുള്ളത് അങ്ങനെ മരങ്ങളായി തീരുന്ന ഞങ്ങൾ കാൽക്കൽ വീണ കേളം വേക്ഷിച്ചപ്പോ ഞങ്ങളോട് പറഞ്ഞു ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭാവരയുഗത്തിൽ അവതരിക്കും അങ്ങനെ അവതരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരലുകൊണ്ടൊരു മുട്ട് കിട്ടും അന്ന് നിങ്ങൾ നേരെയാവുമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പൊ ഞങ്ങൾക്ക് ഒരലുകൊണ്ടൊരു തട്ട് കിട്ടിയിരിക്കണം പണ്ടുള്ളവർ പറയും ഒന്നേ ഉള്ളാൽ ഒലയ്ക്കുണ്ട് ഇവിടെ രണ്ടെന്നുള്ളതുകൊണ്ട് ഒരലുകൊണ്ട് ഒലയ്ക്കൊഴാക്കി ഉറഞ്ഞുകൊണ്ടു കൊടുത്തു നിന്നാണ് ഏതായാലും ഇപ്രകാരം ഭഗവാനെ ഇപ്പൊ ഞങ്ങൾ ശാപമോക്ഷത്തിൽ നിന്ന് മുക്തരായിരിക്കുന്നു അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഭഗവാന്റെ പാദത്തിൽ വീണ് അവര് അപേക്ഷിക്കുന്ന ഒരു വരമുണ്ട് ഭഗവാനെ ഇനിയെങ്കിലും ഞങ്ങൾക്ക് സദ്ബുദ്ധി ഉണ്ടാവാൻ എന്ത് വേണം വാണി ഗുണാനു കഥായം സ്മൃത്യാവ നിവാസജകൾ പ്രണാമി ുംശനേത്തനോ നാം ഭഗവാനെ ഇനി ഞങ്ങളെ അനുഗ്രഹിക്കണം ഏത് രൂപത്തില് വാണി ഗുണാനുഗതനേ ഞങ്ങളുടെ നാവുകൊണ്ട് നല്ലത് പറയാൻ ഞങ്ങൾക്ക് സാധിക്കണം നമ്മുടെ ഓരോ പ്രവൃത്തിയും ഓരോ ചിന്തയും ഓരോ വാക്കുകളും എനർജിയാണ് ഇത് ഫിസിക്സ് കണ്ടെത്തിയ കണ്ടത്തിലാണ് അപ്പൊ എനർജിയിൽ നെഗറ്റീവെന്നും പോസിറ്റീവ് ഉണ്ട് അത് പ്രകൃതിയുടെ നിയമമാണ് ഇത് രണ്ടും ഉണ്ടെങ്കിലേ പ്രകൃതിയിൽ വ്യാപാരം നടക്കുള്ളൂ നമ്മൾ ഓരോരുത്തരും എന്ത് സംസാരിക്കുന്നുവോ അതിന്റെ ഒരു തരംഗം പ്രകൃതിയിലുണ്ടാവുന്നുണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു തരംഗം പ്രകൃതിയിലുണ്ടാവുന്നുണ്ട് നെഗറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു തരംഗം പ്രകൃതിയിലുണ്ടാവുന്നുണ്ട് ദുഃഖത്തോടുകൂടി സംസാരിക്കുമ്പോൾ ദുഃഖത്തിന്റെ തരംഗം പ്രകൃതിയിലുണ്ടാവുന്നുണ്ട് സന്തോഷത്തോടുകൂടി സംസാരിക്കുമ്പോൾ സന്തോഷത്തിന്റെ തരംഗം പ്രകൃതിയിലുണ്ടാവുന്നുണ്ട് ഏത് തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നുവോ ഏത് തരത്തിൽ സംസാരിക്കുന്നുവോ ആ തരംഗങ്ങൾ അന്തരീക്ഷത്തിലുണ്ടാവുന്നതാണ് അത് വളരെ ശ്രദ്ധിക്കണം അമ്പലത്തിൽ പോയാൽ നമ്മുടെ മനസ്സ് വേഗം ശാന്തമാവാൻ എന്താ കാരണം അവിടെ ഉണ്ടാക്കിവെച്ചിരിക്കുന്ന തരംഗങ്ങൾ ഒരു പോസിറ്റീവാണെന്ന് പറയണം അപ്പൊ നമ്മുടെ വീട്ടിൽ നമുക്ക് ഇരിക്കുമ്പോൾ ശാന്തിയും സ്വസ്ഥതയും കിട്ടണമെങ്കിൽ എന്ത് വേണം അവിടെയും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷൻ നമുക്കുണ്ടാക്കി വെക്കണമെന്ന് പറയാൻ ഇപ്പോൾ ഇതൊക്കെ കണ്ടെത്താനുള്ള കോഡുകൾ വന്നിട്ടുണ്ട് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് ആ സാധനം നിങ്ങളെ വീട്ടിൽ കൊണ്ടുവച്ചാൽ നിങ്ങൾക്ക് കാണാം പോസിറ്റീവ് നെഗറ്റീവ് ഇതൊക്കെ കാണാം വൈബ്രേഷൻ കാണാൻ സാധിക്കും അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെയൊക്കെ അടുത്ത് ഒരു പോസിറ്റീവ് നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പം നമ്മളൊക്കെ നെഗറ്റീവായിട്ട് നേരെയാവില്ല ശരിയാവില്ല ചത്ത് ജീവിച്ച് തന്നെ ശരിയായിട്ടില്ല ഇങ്ങനെ ചത്ത് പോയാൽ മതിയുന്നു അങ്ങനെ ഒരു ആയിരം ആവർത്തി പറയുകയാണെങ്കിൽ റപ്പാണ് നമ്മുടെ കൂടെ എപ്പോഴും ഒരു നെഗറ്റീവ് വൈബ്രേഷനെ ഉണ്ടാവുള്ളൂ പറയാം എന്നാൽ എപ്പോഴും നമ്മളൊരു പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ഭഗവാനെ അവിടുന്ന് എന്താ ഒരു ബുദ്ധിമുട്ടുള്ളത് അവിടുന്ന് ഉണ്ടാവുകൊണ്ട് എനിക്കൊരു ബുദ്ധി വിഷമവും ഇല്ല ഭഗവാനുണ്ടല്ലോ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാറ്റിനെയും അഭിവർത്തിക്കാനുള്ള ഒരു പോസിറ്റീവ് ശക്തി നമ്മളിൽ ഉണരുന്ന് പറയാം മനസ്സിലാവുണ്ടല്ലോ അപ്പൊ നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ നമ്മളിലുള്ള നെഗറ്റീവ് മൈൻഡ് വളരും പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവ് മൈൻഡ് വളരും ഇതൊക്കെ മൈൻഡിലാണ് ഇരിക്കുന്നത് മനസ്സിന് പോസിറ്റീവാൻ സാധിക്കും നെഗറ്റീവാൻ സാധിക്കും നമ്മൾ ഗുരുവായൂരിലെ സപ്താഹം നടത്തിയിരുന്നു അപ്പൊ അത് ഉദ്ഘാടനം ചെയ്ത് കെ പി സി പട്ടുതിരിപ്പാട് നിങ്ങൾ അല്ലെങ്കിൽ എൽ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിന്റെ ലിങ്ങനെ ഒരു കോഡുണ്ട് അതിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല പുതിയൊരു ഇലക്ട്രോണിക് അദ്ദേഹം അതുകൊണ്ട് നടക്കും പോസിറ്റീവ് നെഗറ്റീവും വൈബ്രേഷൻ അങ്ങനെ ചെയറിൽ വെച്ചിട്ടും അത് വെച്ചിട്ടും വാർപ്പിന്റെ വീട്ടിൽ വെച്ചിട്ടും വെള്ളം നോക്കിയിട്ടും പൈപ്പിലെ വെള്ളവും അങ്ങനെ ഇതൊക്കെ അദ്ദേഹം പ്രകൃതി മുഴുവൻ നെഗറ്റീവ് ആണെന്ന് പറയേണ്ടായി മമ്മി എന്നൊരാളെ കൊണ്ട് പറയിപ്പിച്ചു എന്നിട്ട് അയാളുടെ ആ മമ്മി എന്ന് പറയുമ്പം ആ കോഡ് വെച്ചപ്പോൾ നെഗറ്റീവായി നാരായണ എന്ന് പറയിപ്പിച്ചു അപ്പൊ അത് പോസിറ്റീവായി ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ കണ്ടിട്ടുണ്ടാവും കോഡ് ഒരു ഇലക്ട്രോണിക് ഇവിടെ വച്ചിട്ടുണ്ടോ വീട്ടിലുണ്ടോ സാധനം ഏ ആ ഗീതാ ക്ലാസ്സിലൊരാൾ കൊണ്ടു ശരി അപ്പൊ അങ്ങനെ ഒരു കോഡുണ്ട് അത് സത്യമാണോ അല്ലേ എന്നുള്ള വിട്ടേക്കോ അല്ലെങ്കിലും ചില കാര്യങ്ങളുണ്ട് ഏതായാലും ഇദ്ദേഹം വാച്ച് കൊണ്ടുവരാൻ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ആരും ഉണ്ടായിരുന്നു അവിടെ അദ്ദേഹം കൊണ്ടു കൊടുത്തു ഈ സാധനത്തിൽ വെച്ചപ്പോ അത് നെഗറ്റീവായി അപ്പൊ നമ്മൾ ഓരോരുത്തരും കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കുന്ന സാധനം നെഗറ്റീവാണ് എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു ആളുകൾ ചിലരൊക്കെ വാച്ച് അഴിക്കാൻ തുടങ്ങി ഞാനുവിടെ പറഞ്ഞു ആരും സപ്താ വെച്ച് പോകേണ്ട എന്നാണ് വാച്ച് പോയിട്ട് പിന്നെ നാളെ അനൗൺസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അത് കഴിഞ്ഞിട്ട് അവരോട് വാച്ച് കയ്യിൽ വെച്ചിട്ട് നാമം ചൊല്ലാൻ പറഞ്ഞു ആളുകളെ കൊച്ചത്തിൽ നാരായണ നാരായണ നാരായണ നാരായണ ചൊല്ലിയിട്ട് വീണ്ടും ആ മിഷൻ്റെ അടുത്ത് കൊണ്ടുവച്ചു ആ സമയത്തത് പോസിറ്റീവായി അപ്പൊ നാമം ചൊല്ലിയപ്പോൾ ഈ നെഗറ്റീവായ സാധനം പോസിറ്റീവായി എന്നിട്ട് അദ്ദേഹം പിന്നെ നാമത്തിന്റെ മഹാത്മ്യൊക്കെ പറഞ്ഞു നിർത്തി അപ്പോ അതിനുശേഷം നമ്മുടെ പ്രഭാഷണത്തിൽ നമ്മളിതാ പറഞ്ഞത് മനസ്സിന് ഏത് വസ്തുക്കളെയും പോസിറ്റീവാക്കാം മനസ്സിന് ഏത് പോസിറ്റീവ് വസ്തുക്കളെയും നെഗറ്റീവാക്കാൻ പറ്റും അപ്പൊ ആരായി ഇതൊക്കെ നമ്മുടെ മനസ്സാണ് അപ്പൊ നമ്മൾ നല്ലത് ചിന്തിച്ചാലേ നല്ലത് പറയാൻ പറ്റുള്ളൂ നല്ലത് പറഞ്ഞാലേ നല്ലത് ചിന്തിക്കാൻ സാധിക്കുള്ളൂ അതിനെന്ത് അതിനെന്ത് വേണം അതുകൊണ്ടാണ് കീർത്തനം ചൊല്ലണം എന്ന് പറഞ്ഞത് ദിവസവും നമ്മൾ കുറേ നേരം ഭഗവത് കീർത്തനൊക്കെ വീട്ടിൽ ചൊല്ലുമ്പോ അങ്ങനെ ഒരു വൈബ്രേഷൻ വീട്ടിലുണ്ടാവും നാമം ഉച്ചത്തിൽ ചൊല്ലണം പറയാൻ കാരണം ഇതാണ് അപ്പൊ വീടുകളിൽ പണ്ട് സന്ധ്യാനാമം ഉണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം വീടുകളിലൊക്കെ സന്ധ്യയ്ക്ക് നാമം ചൊല്ലും ആര് ടി വി അത് മാത്രമേക്കുള്ളൂ അതുകൊണ്ട് അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് കുറച്ചു നേരൊക്കെ അതിനു വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ വാണി ഗുണാൽ കഥനീ ശ്രവണോ ശ്രവണോ കഥായാം അസ്തൂച്ചവപാതയോർമ സ്മൃത്യാം ശിരസ്തവ നിവാസത കൽപ്പണാമി ദൃഷ്ടിം സദാ ദശനീസ് രാവിലെ എണീക്കുമ്പം തന്നെ നല്ല ദർശനം കണ്ടുകൊണ്ട് എണീക്കുക അല്ല സ്വാമി അപ്പൊ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ തിരിഞ്ഞു കിടക്കണമല്ലേ നമ്മൾ രാവിലെ തന്നെ കാണുക വേണ്ട നമ്മൾ വീട്ടിൽ പൂജാമുറിയിലൊക്കെ പോയി അല്ലെങ്കിൽ വീട്ടില് കിടന്ന ഉടനെ തന്നെ മനസ്സുകൊണ്ട് നല്ലത് ദർശിക്കാലോ രാവിലെ തന്നെ മറ്റുള്ളവരുടെ പ്രശ്നതാകം കണ്ട് എണീക്കാമല്ലോ അപ്പം രാവിലെ തന്നെ മനസ്സിൽ അല്പനേരം കണ്ണടച്ചുകൊണ്ട് ഭഗവാന്റെ രൂപമൊക്കെ മനസ്സ് കണ്ടുകൊണ്ട് എന്നിട്ട് രാവിലെ തന്നെ എണീക്കാം ഈ വിഷുക്കണി കാണാൻ പലരും ഗുരുവായമ്പലത്തിൽ പോവും അന്ന് മിക്കവാറും വിഷുക്കണി കണ്ടില്ലെങ്കിലും പലരുടെയും പുറകുവാസം കാണും മനസ്സിലായി നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെ വേണമെങ്കിലും രാവിലെ എണീക്കാം അങ്ങനെ നല്ല ചിന്തയോടുകൂടിയിട്ട് രാവിലെ തന്നെ എണീക്കുക അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് നല്ലതേ വരുള്ളൂ നിങ്ങൾ രാവിലെ തന്നെ വിചാരിക്കുകയാണ് ഇന്നത്തെ ദിവസം ഞാൻ സന്തോഷമായി ആനന്ദമായിട്ടിരിക്കും എന്തൊക്കെ വിഷമമുണ്ടെങ്കിൽ ഞാൻ ദുഃഖിക്കില്ല എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്റെ വിഷമം ഞാൻ ആരോടും പറഞ്ഞ് ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കിവെക്കില്ല എന്നങ്ങോട്ട് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വളരെ ഗംഭീരമായിരിക്കും മനസ്സിലായില്ലേ അതേസമയം നമ്മൾ വിചാരിക്കും കഷ്ടം എന്നൊരു ആവശ്യത്തിന് നീക്കറ്റീവ് വന്നു അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ കെ കെ കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും വിഷമിക്കാൻ വേറെ ഒന്നും വേണ്ട നമുക്ക് ഓരോരോ വിഷമങ്ങൾ വരും എന്ന് അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞവരെ അനുഗ്രഹം തേടിയും ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നു അങ്ങനെ പോകുന്നു അപ്പൊ ഈ കഥയൊക്കെ നമ്മൾ ഓരോന്ന് പറയുമ്പോഴും അതിൻ്റെയൊക്കെ പിന്നിലുള്ള തത്വങ്ങളിലേക്ക് പോയാൽ ഇന്ന് സത്താഹം തീരില്ല അത്രയും അത്രയും ഗംഭീരമാണ് ഓരോ കഥയുടെയും ആഴങ്ങൾ അപ്പൊ ഇവിടെ ഒരു ഭാഗം മാത്രം ഞാൻ സ്പർശിക്കട്ടെ അമ്മ കണ്ണനെ മടിയിൽ വച്ച് പാല് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അടുപ്പിലുണ്ടായ പാല് തളച്ച് പോയപ്പോ അമ്മ എടുക്കാൻ പോയത് അപ്പോ അതെടുക്കാൻ പോയപ്പോഴാണ് ഭഗവാൻ തൈരുകടം പൊട്ടിച്ചത് അതിലൊരു തെറ്റായൊരു ഭാഗം നമുക്ക് തോന്നില്ലേ എന്താണ് തെറ്റായ ഭാഗം ആ തളച്ചുകൊണ്ടിരിക്കുന്ന പാല് എടുത്തു വെക്കേണ്ടത് ധർമ്മമല്ലേ അത് കളയാൻ പാടു പാലൻ പശുവിൻ്റെ ഏറ്റവും അമൃതമായിരിക്കുന്ന ഒരു സാധനം തളച്ചു പോകുമ്പോൾ ഉണ്ണിയെ മാറ്റിക്കടത്തിയത് തെറ്റാണോ എന്നിട്ടെന്തിൻ്റെ ഭഗവാൻ അങ്ങനെ ശിക്ഷ ഭഗവാൻ അങ്ങനെ നിശ്ചയിച്ചു എന്നൊരു ചോദ്യം ഉണ്ടാവണമല്ലോ മനസ്സിൽ അപ്പൊ നമ്മളതിനെ ആ കേവലം പാലായിട്ട് കാണരുതെന്ന് പറയാണ് നമ്മളതിൻ്റെ സൂക്ഷ്മതയിലേക്ക് ഇറങ്ങിപ്പോകണം പാലെന്ന് പറയുമ്പോൾ നമ്മളതിനെ കാണേണ്ടത് സുഖത്തിനുള്ള ഒരു വസ്തു സന്തോഷം തരുന്നൊരു വസ്തു അതിലേക്ക് നമ്മുടെ മനസ്സ് ആകർഷിക്കപ്പെട്ടു എങ്ങനെയുള്ള നമ്മുടെ മനസ്സ് ഏതൊരു ഭഗവത് സാന്നിധ്യത്തിലാണോ നമ്മുടെ മനസ്സിരിക്കുന്നത് ആ ഭഗവാനെ മാറ്റിവെച്ച് പുറമേയുള്ള ഒരു സുഖത്തിന്റെ പിന്നാലെ ഞാനും നിങ്ങളും ഓടുന്നു അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതം അപ്പൊ ഭഗവാന്റെ സാന്നിധ്യം നമ്മൾ ഓരോരുത്തരും മറന്നു പോവുകയാണ് എന്നിട്ടാണ് നമ്മൾ ഇയാളുടെ കൂടെ സുഖണ്ട് ഇതിൻ്റെ കൂടെ സുഖണ്ട് അതിൻ്റെ കൂടെ സുഖണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്നത് പിന്നീട് നമ്മൾ അസുഖങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളാണ് വരുമ്പോഴാണ് അറിയുന്നത് ഇതിലൊന്നും ആയിരുന്നില്ല ഗുരുവായൂരപ്പ അസുഖം അപ്പോഴേക്കും ഏറെക്കര വണ്ടി പഞ്ചറായിട്ടുണ്ടാവും കുറേ കാലം എ സിയിൽ കിടന്ന് പിന്നെ അസ്തമ പിടിച്ച് പിന്നെ ശ്വാസമില്ലാതെ ഗുരുവായൂരപ്പ പിന്നെ അപ്പോഴാണ് ഗുരുവായൂരപ്പിനെ കുടിക്കല്ലോ അതുവരെ മനസ്സ് വിചാരിച്ച ഈ എ സുഖമുള്ളൂ എന്നാണ് മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നിവൃത്തി കെട്ടുകൊണ്ട് ഭക്തിയിലേക്ക് തിരിയുന്ന ആളുകളാണ് കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ വലുതായി അവരെയൊക്കെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തപ്പോഴാണ് മരുമക്കളുടെ പോര് അമ്മായിയമ്മ തിരിച്ചറിഞ്ഞത് ഒരു വീട്ടിൽ നിൽക്കാമെയ്യ അപ്പോഴാണ് ഗുരുവായൂരപ്പനിലുള്ള ഭക്തി കൂടെ ഉയർന്നു പിന്നെ ഗുരുവായൂരപ്പ കുട്ടികൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ എന്റെ നോക്കാനുള്ള ബുദ്ധി അവർക്ക് കൊടുക്കണേ രാവിലെ തന്നെ ആ അമ്മയെ കണ്ടാ ഓ തള്ള പൊങ്ങി വന്നു അവർക്ക് കേൾക്കുമ്പോഴേക്കും ആദ്യം പിടിയൊരു ഗുരുവായൂരപ്പ ഇത് കേൾക്കാനാണോ ഞാൻ ഈ വീട്ടിലിങ്ങനെ നിൽക്കുന്നത് അങ്ങനെ ആ മക്കളൊക്കെ കൂടി വെറുത്ത് മരുമക്കളൊക്കെ കൂടി വെറുത്ത് അവസാനം ഗുരുവായൂരിലെത്തി എന്നിട്ട് ഗുരുവായൂരപ്പൂരിന്റെ അടുത്ത് നിന്നിട്ട് പ്രാർത്ഥിക്കുന്നതാണ് ഗുരുവായപ്പ ഇനി ഇപ്പൊ അവിടുന്ന് ഇള്ളിട്ടൊരു ശരണം എന്ന് നാ ഇതൊക്കെ നേരത്തെ തോന്നായിരുന്നില്ലേ അന്ന് തോന്നിയില്ലേ ഗുരുവായൂരപ്പ ഇനിയെങ്കിലും അങ്ങനെ തോന്നട്ടെ എന്ന് അന്നൊന്നും തോന്നില്ല പിന്നെല്ലാം അപകടത്തിലായാൽ തോന്നും അങ്ങനെ ഗുരുവായൂരപ്പരോട് അവിടുന്ന് ഇള്ളിട്ടോ ശരണം അങ്ങല്ലാതെ ആരുമില്ല ഗുരുവായൂരപ്പ കണ്ണും മൂക്കുമൊക്കെ വെള്ളം വന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് മകൻ വന്നിട്ട് വിളിക്കുന്നത് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞാലെ സിറ്റിയിലല്ലേ ജനിച്ചത് അവളുടെ സ്വഭാവം എങ്ങനെയാണ് അമ്മ അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട കേട്ടില്ല എന്ന് അടിച്ചാൽ മതി ഞാൻ കണ്ടില്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്ന അവളുടെ കൂടെ പിന്നെ അമ്മയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ അതുകൊണ്ട് അമ്മ പോരൂ എന്നൊക്കെ പറഞ്ഞ് അമ്മയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അമ്മ പറയാണ് ഗുരുവായാരപ്പനോട് ഗുരുവായപ്പ നീ പോയിട്ട് വരട്ടെ നീ പിന്നെ കാണാൻ ഇതാണ് നമ്മുടെയൊക്കെ പട്ടി പറയുന്നത് അപ്പോ നിർത്തിയില്ലെങ്കിൽ ഭഗവാനെ വിളിക്കുക വീണ്ടും കാര്യങ്ങളൊക്കെ അനുകൂലമാവുമ്പോൾ തിരിച്ചു പോവുക തന്നെ തല്ലുകൊണ്ടാലേ അടി കൊണ്ടാലേ ഒരു ഭഗവാനിലേക്ക് തിരിയുള്ളൂ അപ്പൊ ഭഗവാൻ കൂടെയുണ്ടായിട്ട് ആ അസുഖം അനുഭവിക്കാതെ ആ പ്രേമത്തിലേക്ക് ഉയരാതെ ഓരോ വസ്തുക്കളിലും കാമം വെച്ച് ജീവിക്കുന്ന നമ്മളെ ഭഗവാൻ പരീക്ഷിക്കുകയാണ് അതാണ് തൈരുകലം പൊട്ടിക്കുക പറഞ്ഞാല് നമുക്ക് വിശിഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് ഭഗവാൻ പൊട്ടിച്ചു നോക്കും അപ്പോ നമുക്ക് മനസ്സിലാവും ഭഗവാനെ അവിടുന്ന് തന്നെയാണെന്ന് പാലിന്റെ പിന്നാലെ ഓടിയ അമ്മ തൈരുകലം പൊട്ടിച്ചപ്പോ ആരിലേക്ക് തിരിഞ്ഞോ കൃഷ്ണനിലേക്ക് തിരിഞ്ഞു പോന്നു അപ്പം എന്താ അതിലൂടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ വന്നേ പറ്റുള്ളൂ ഭഗവാനെ മറന്ന് പലതിന്റെയും പിന്നാലെ ഓടുന്ന നമുക്ക് എവിടെയെങ്കിലും ചില തട്ടലും മുട്ടലൊക്കെ തരുമ്പോഴേ തിരിച്ചു വീണ്ടും ഭഗവാനിലേക്ക് നമ്മളൊക്കെ ഒന്ന് തിരിയുള്ളൂ പറയാണ് എന്നിട്ടോ ആ ഭഗവാനെ പിന്നെ കെട്ടിയിടാൻ വേണ്ടി നോക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനെ എപ്പോഴും എന്റെ ഹൃദയത്തിൽ വസിക്കൂ എന്റെ മനസ്സിൽ വസിക്കൂ എന്ന് ഭഗവാൻ അങ്ങനെയൊക്കെ മനസ്സിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ പറയാണ് മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിലേ ഭഗവത് സ്മരണ ദൃഢമായി തീരുള്ളൂ ഇതാണല്ലോ ഭാഗവതത്തിന്റെ സന്ദേശം ഭക്തിജ്ഞാന വിരാകണം സ്ഥാപനായ പ്രകാശിതം ഭക്തി വേണം ജ്ഞാനം വേണം വൈരാഗ്യം വേണം അത് നമുക്ക് സന്ദർഭം വരുമ്പോൾ വിസ്തരിക്കാം ഏതായാലും ഇവിടെ ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം കെട്ടിയിടാൻ മനസ്സിൽ എപ്പോഴും സാധിക്കാത്തത് എപ്പോ ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വരുന്നു ആ മനസ്സിൽ എപ്പോഴും ഭഗവത് പ്രേമം ദൃഢമായി തീരുന്നു ഇങ്ങനെ കഥ പറഞ്ഞ് ഈ ഭാഗം ഉപസംവരിപ്പിക്കും പിന്നീട് മരുതവിഷ വൃക്ഷങ്ങളിൽ നിന്നും രണ്ട് ദേവന്മാർക്ക് തുല്യം രണ്ടുപേര് പുറത്തു വന്നു ആരാണ് ഈ മരുതവൃക്ഷങ്ങളായി തീർന്നത് വൃക്ഷം മരമാണ് അതിന് മരം എന്നാണല്ലോ വിളിക്കുക മരം എന്നാൽ മരണമുള്ളത് ആ മരണമുള്ള വൃക്ഷത്തിൽ നിന്നും രണ്ട് ദേവന്മാർ പുറത്തുവന്നു എന്ന് പറഞ്ഞാൽ ആ വൃക്ഷങ്ങളുടെ ഉള്ളിൽ രണ്ട് ദേവചൈതന്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എപ്പോ ഭഗവത് സ്പർശമുണ്ടായോ ആ ദേവ ചൈതന്യം ദേവശക്തികൾ പ്രകടമായി വൃക്ഷങ്ങൾ വീണുപരിയാണ് ഇതുപോലെ എപ്പോ നമ്മുടെ മനസ്സിൽ ഭഗവത് സ്പർശമുണ്ടാകുമോ അപ്പോ മരണമുള്ള മരമായിരിക്കുന്ന ജഡമായിരിക്കുന്ന ഈ ശരീരത്തിൽ നിന്നും ഈശ്വരപ്രേമമാകുന്ന ചൈതന്യം പുറത്തോട്ട് പ്രകടമാവാൻ തുടങ്ങും ഞാനും നിങ്ങളും ഒരേ സമയം സ്ഥൂലമായി മരണത്തിന് അടിമപ്പെട്ടവരാണ് അതേസമയം സൂക്ഷ്മമായി മരണത്തിന് അതീതരാണ് മരണമില്ലാത്ത മരണമുള്ള ശക്തികൾ കൂട്ടിച്ചേർത്ത് കുഴച്ചു വെച്ചിട്ടാണ് ഈ ശരീരത്തെ പ്രകൃതി നിർമ്മിച്ചിരിക്കുന്നത് ആന്തരികമായി മരണമില്ലാത്തവരും സ്ഥൂലമായി ബാഹ്യമായി മരണമുള്ളവരും എപ്പോഴാണ് നമുക്ക് ഇതിൽ നിന്ന് ഉയരാൻ സാധിക്കുക എപ്പോ നമ്മുടെ മനസ്സ് ഭഗവത് ചൈതന്യവുമായി സ്പർശിക്കുന്നുവോ അപ്പോ നമ്മൾ ഓരോരുത്തരും അമരത്വത്തെ പ്രാപിച്ചു എവിടെ നിന്നും മരത്വത്തിൽ നിന്നും അമരത്വത്തിലേക്ക് ഉയരുന്നു പറയാം മരമെന്ന് പറഞ്ഞാൽ മരണമുള്ളത് അമരമെന്ന് പറഞ്ഞാൽ മരണത്തിന് അതീതമായ അവസ്ഥ ഇതൊക്കെ നാം സൂക്ഷ്മമായി ഇതിൽ നിന്നും കഥകളിൽ നിന്നും മനസ്സിലാക്കണം അപ്പൊ ഇതൊന്നും ഒരു അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കഥ മാത്രമല്ല ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ടുന്ന കഥയാണ് ഇത് നമ്മുടെ തന്നെ കഥയാണെന്ന് നമുക്ക് മനസ്സിലാവും ഭാഗവതം എന്ന് പറയുന്നത് എന്നോ അവതരിച്ചു പോയ ഒരു ഭഗവാന്റെ കൃഷ്ണന്റെ കഥയല്ലത് അത് ഓരോ നിമിഷവും നമ്മളെ നമ്മളാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മളിലിരിക്കുന്ന ഭഗവാന്റെയും പിന്നെ ആ ഭഗവാനെ മറന്ന് ജീവിച്ച് വീണ്ടും ഭഗവാനിലേക്ക് നമ്മളെ ഉയർത്തേണ്ടുന്ന നമ്മുടെയും കഥയാണ് അങ്ങനെയാണ് ഭാഗവതം നമ്മെ ഉയർത്തുന്നത് ഏതായാലും ഈ ഉപാഖ്യാനത്തിന് ശേഷം പിന്നീട് നമ്മളെ കൊണ്ടുപോകുന്ന വൃന്ദാവനത്തിലേക്കാണ് എന്നും എന്നും അപകടങ്ങളും ഓരോ അസുരന്മാരുടെയും ആക്രമണവും കാരണം നന്ദഗോപര് ഉപനന്ദനൻ തുടങ്ങിയ നന്ദഗോ ഗോപന്മാരോട് നിശ്ചയിച്ചു നമുക്ക് സ്ഥലതാമസം മാറ്റണം അങ്ങനെ അവർ കണ്ടെത്തിയ സ്ഥലമാണ് പ്രകൃതി മനോഹരമായ ഗോകുലത്തിനടുത്തു തന്നെയുള്ള യമുനാനദി തീരത്തിനടുത്തുള്ള ഗോവർദ്ധന വൃന്ദാവന എന്ന് പറയുന്ന സ്ഥലം ഒരു വശത്ത് യമുനദി കാളിന്തി നദി എന്ന പേരിൽ ഒഴുകുന്നു മറുവശത്ത് ഗോവർദ്ധന പർവ്വതം ശിരസ് ഉയർത്തി നിൽക്കുന്നു അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന ആ പ്രകൃതി രമണീയമായ അവര് താമസം തുടരുകയാണ് അങ്ങനെ പശുക്കൾക്ക് താമസിക്കാനുള്ള ആലകൾ മനുഷ്യർക്ക് താമസിക്കാനുള്ള വീടുകൾ കെട്ടി തയ്യാറാക്കി അങ്ങനെ അവിടുത്തെ ജീവിതമാണ് ഇനി വർണ്ണിക്കുന്നത് ദിവസവും രാവിലെ ഭഗവാൻ എണീറ്റ് കഴിഞ്ഞാൽ ആ അമ്മ യശോദാദേവി കണ്ണനെ കുളിപ്പിക്കും ഭഗവാനാണെങ്കിൽ നിറയെ ചുരുണ്ട മുടിയുണ്ട് നല്ലവണ്ണം എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം നല്ലവണ്ണം കൺമഷി കൊണ്ട് കണ്ണൊക്കെ എഴുതി ഒരു ഗോപി ചന്ദ്രനൊക്കെ തൊട്ടുകൊടുത്ത് ഈ കുടിയൊക്കെ മുകളിലേക്ക് കെട്ടിക്കൊണ്ട് മഞ്ചാടിക്കുരു കൊണ്ട് കോർത്തിരിക്കുന്ന മാലകളൊക്കെ ഭഗവാൻ്റെ കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞാൽ നല്ല മഞ്ഞപ്പെട്ട് ധരിപ്പിച്ച് ഭഗവാന് സുന്ദര കുട്ടനാക്കിയിട്ട് ഒരു ഓടക്കുഴലും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ വളരെ സന്തോഷമായി ആ മുടിയിലാണെങ്കിലോ മനോഹരമായൊരു പീലിയും കൂടി കുത്തിവെക്കണം ഇതൊക്കെ ഭഗവാന്റെ നിർബന്ധമാണ് അപ്പോഴേക്കും ജ്യേഷ്ഠൻ തയ്യാറായിട്ടുണ്ടാവും നീലപ്പട്ടൊക്കെ ധരിച്ച് ഭഗവാ എന്താണ് അംഗവസ്ത്രമൊക്കെ കെട്ടിക്കൊണ്ട് ജ്യേഷ്ഠനും അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് പശുക്കളെ മേക്കാൻ വേണ്ടി ഗോപന്മാരുടെ കൂടെ പോവാൻ തുടങ്ങുകയാണ് ി ഭഗവാൻ കാട്ടിൽ നടത്തുന്ന ലീലകളൊക്കെയാണ് ഇനി അങ്ങോട്ട് വർണ്ണിക്കുന്നത് അതിനിടയ്ക്ക് നേനുകൻ എന്ന് പറയുന്ന അസുരനെ വധിക്കും പിന്നെ പ്രലമ്പൻ എന്ന് പറയുന്ന അസുരനെ വധിക്കും അങ്ങനെ ഇരിക്കുക കാട്ടിൽ പോയ സമയത്ത് അവിടെ വച്ച് ഒരു വലിയ ഗുഹ കാണുന്നു ആ ഗുഹയിലേക്ക് ഗോപന്മാരൊക്കെ കയറി ചൊല്ലുന്നു മനസ്സിലായി ഇത് ഗുഹയല്ല ഒരു വലിയ സർപ്പമാണ് അഖം എന്ന പേരിലറിയുന്ന അകാസുരനാണ് അങ്ങനെ ഭഗവാനും അവസാനം അങ്ങോട്ട് കയറിയപ്പോൾ അവൻ വായ അടയ്ക്കുന്നതിന് മുമ്പ് ഭഗവാൻ അവന്റെ വായ അടപ്പിച്ചു എന്ന് വെച്ചാൽ അവന്റെ ജീവൻ അടപ്പിച്ചു വരെയാണ് തന്റെ ശരീരം വലുതാക്കിക്കൊണ്ട് കഴുത്തു മുട്ടേ കഴുത്തിനങ്ങോട്ട് നിന്നപ്പോ ശ്വാസം മുട്ടിക്കൊണ്ട് അവൻ അങ്ങേയറ്റം ത്രാണരോധനം ഏർപ്പെട്ട് അവൻ ഉച്ചത്തിൽ ശ്വാസത്തെ നിശ്വസിച്ചതും കോപന്മാരൊക്കെ പുറത്തു തുടങ്ങി പുറത്തു വന്നപ്പോഴവർക്ക് മനസ്സിലായത് ഇത് വലിയൊരു സർപ്പമായിരുന്നു എന്ന് ഏതായാലും ഭഗവാൻ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തില്ല വേഗം പശുക്കളെ കഴിച്ചു വിട്ട് സമയം കുറേയിട്ടുണ്ട് അവർ ഭക്ഷണമൊക്കെ കഴിക്കാൻ തയ്യാറായി അങ്ങനെ താമര ഇലയിൽ പൊതിഞ്ഞ് അവരുടെ ഭക്ഷണമൊക്കെ എടുത്ത് ഓരോരുത്തരും തുറന്നപ്പോ പാലുകൊണ്ടും തൈരുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഭക്ഷണം നിരത്തി വെച്ചിട്ടുണ്ട് ഭഗവാനിരുന്നു ഭഗവാൻ എല്ലാ ഗോപന്മാരെയും ഒരു അർദ്ധചന്ദ്രാകൃതിയിൽ തന്റെ ചുറ്റും ഇരുത്തിക്കൊണ്ട് അങ്ങനെ അവരുടെ മുഖത്ത് നോക്കിയിട്ട് ചോറുള്ള കരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോൾ വ്യാസമഹർഷി പറയാണ് യാഗങ്ങൾ ചെയ്യുമ്പോൾ വൃത്തിക്കുകളൊക്കെ ഏതൊരു പ്രേമ ആദരവോടുകൂടിയിട്ട് ഭഗവാനിലേക്കാണോ ഈ നെയ്യൊക്കെ സമർപ്പിക്കുന്നത് ആ ഭഗവാൻ തൻ്റെ കയ്യിലിരുന്ന ചോറുള്ളകളൊക്കെ എടുത്ത് ഗോപന്മാരൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ പരമഭാഗ്യത്തെക്കുറിച്ച് പറയുകയാണ് അവിടെ എത്ര സുന്ദരമായൊരു ചിത്രം അവിടെ എഴുതിവയ്ക്കുന്നു വ്യാസമഹർഷി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ മനോഹരമായൊരു അനുഭൂതി അവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഗോപന്മാർ പറഞ്ഞു അല്ല കണ്ണ പശുക്കുട്ടികളുടെ ശബ്ദമൊന്നും കേൾക്കണില്ലല്ലോ ഭഗവാൻ പറഞ്ഞു നിങ്ങളോട് ഇരിക്കും ഞാനൊന്ന് പോയി നോക്കട്ടെ കാട്ടിലേക്ക് കടന്നപ്പോ ഒരു പശുക്കുട്ടിയും കാണുന്നില്ല ഓരോ പശുക്കുട്ടിയുടെയും പേര് വിളിച്ച് ഭഗവാൻ ആ പശുക്കുട്ടിയുടെ ഈ നോക്കി ഒരു പശുക്കുട്ടിയുടെയും ശബ്ദമില്ല അല്പനേരം ഭഗവാൻ ഇങ്ങനെ ആലോചിച്ച് എന്തു പറ്റി പശുക്കുട്ടികൾക്ക് കണ്ണടച്ച് ധ്യാനമരുതനായി ഭഗവാൻ ആ സമയത്ത് മനസ്സിലായി ഇന്ന് ബ്രഹ്മാവ് ഉണർന്ന ദിവസ അയാൾക്കൊരു കുഴപ്പമുണ്ട് അയാൾക്കൊരു കുഴപ്പം പറ്റിയതാണ് ഈ കാര്യം എന്ന് എന്താ ബ്രഹ്മാവിന് പറ്റിയ കുഴപ്പം രാവിലെ തന്നെ ബ്രഹ്മാവ് ഉണർന്നപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചോദ്യം വന്നോട്ടെ ബ്രഹ്മാവ് ഒരു നേരം ഉറങ്ങിയാൽ നമ്മുടെ ഒരു കൊല്ലം പോയി എന്നാണ് അദ്ദേഹത്തിന്റെ ആയുസും നമ്മുടെ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ബ്രഹ്മലോകത്തിലുള്ള ജീവിതവും നമ്മുടെ ഇവിടുത്തെ ജീവിതവും തമ്മിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല കാലത്തിന്റെ ഗണന നമ്മൾ പറയുന്നത് നമ്മുടെ വാച്ചിലിരിക്കുന്ന സമയമാണ് അതും സ്വപ്നലോകത്തിലെ അനുഭവം കൂടി നിങ്ങൾ നോക്കൂ എത്രയോ വ്യത്യാസമുണ്ട് നിങ്ങളൊരു രാവിലെ ഒരു കല്യാണത്തിന് പോയി വൈകുന്നേരം വരെ കല്യാണ പ്രാർത്ഥിയുടെ കൂടെ ഇരുന്ന കാര്യങ്ങളൊക്കെ രണ്ട് സെക്കൻഡ് കൊണ്ട് നമ്മുടെ മനസ്സിന് സ്വപ്നം കാണാൻ പറ്റും അപ്പൊ ആ സമയം ഇങ്ങനെ ശരിയാവുക ഒരിക്കലും ശരിയാവില്ല പ്രിയർ അതുപോലെയാണ് ബ്രഹ്മലോകത്തിലെ സമയം ഏതായാലും ബ്രഹ്മാ ഉണർന്നപ്പോൾ നോക്കിയപ്പോ ഈ കൃഷ്ണൻ ജഗതീശ്വരനായിരിക്കുന്ന കൃഷ്ണൻ സാധാരണ മനുഷ്യക്കുട്ടികളെ പോലെ പെരുമാറുണ്ടോ അല്ലെങ്കിൽ ഈശ്വരഭാവമൊക്കെ മറന്നു പോയിട്ടുണ്ടാവോ എന്നൊരു സംശയം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ഈ പശുക്കുട്ടികളെയൊക്കെ മറച്ചു പറയാണ് ഒരു ഗുഹയിലേക്ക് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു ഇത് ഭഗവാന് മനസ്സിലായി ഭഗവാൻ ഓടി വന്നു ഗോപന്മാരോട് പറയാൻ നിൽക്കുമ്പോൾ ഇവിടെ വന്നു നോക്കുമ്പോ പശു ഗോപന്മാരെയും കാണുന്നില്ല അപ്പൊ ഇവരെയും ഭഗവാൻ നോക്കി എവിടെ കൊണ്ടുവച്ചിരിക്കണം സെയിം ഗുഹയിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ബ്രഹ്മാവ് അത് കഴിഞ്ഞ് ബ്രഹ്മാവ് പോയി ഭഗവാനാകെ ഒരു വിഷമായി ഈ കുട്ടികളെയും കൊണ്ട് ഇനി തിരിച്ചു തന്നില്ലേ മോശമല്ലേ വിഷമമുണ്ടാവില്ലേ അവർക്കൊക്കെ ഏതായാലും തൻ്റെ മനസ്സുകൊണ്ട് ഭഗവാനിങ്ങനെ ഓർത്തു ഏതൊക്കെ കുട്ടികളാണ് തൻ്റെ കൂടെ വന്നത് ഏതൊക്കെ പശുക്കളാ തൻ്റെ കൂടെ വന്നതെന്ന് എന്നിട്ട് കണ്ണു തുറന്നു നോക്കിയതും ആ കുട്ടികളും പശുക്കളും ഒക്കെ തൻ്റെ മുന്നിൽ അങ്ങനെ നിരഞ്ഞു നിൽക്കുന്നു ഭഗവാൻ അവരുമായിട്ട് പാടി ആടി നൃത്തമാടി താൻ തന്നെ പശുക്കുട്ടിയായി താൻ തന്നെ ഗോപനായി അവരുടെ കൂടെ താനല്ലാത്ത വിധത്തിൽ വേറെയാണെന്ന ഭാവത്തിൽ ആട്ടവും പാട്ടും നൃത്തവും ആടിക്കൊണ്ട് തിരിച്ചുപോയി ഒരു ഗോകുലത്തിൽ വൃന്ദാവനത്തിൽ ആർക്കും തിരിച്ചറിഞ്ഞില്ല ഇത് തങ്ങളുടെ കുട്ടികളല്ല ഈ പശുക്കുട്ടികൾ അല്ല എന്നുള്ളതൊന്നും പശുക്കൾക്കും തിരിച്ചറിഞ്ഞില്ല അങ്ങനെ ഒരു വർഷം ആ ലീല നീണ്ടുപോയി ദിവസവും രാവിലെ ഭഗവാൻ പുല്ലാങ്കുളിലെടുക്കും വിളിക്കും എല്ലാവരും ഇറങ്ങിവരും ഇറങ്ങി വരുന്നതും കൃഷ്ണനാണ് ഇറങ്ങി വരുന്ന പശുക്കുട്ടികളും കൃഷ്ണനാണ് ഒരു വ്യത്യാസമില്ല പക്ഷേ അറിഞ്ഞില്ല ആരും പറയാൻ ഒരു കൊല്ലം കഴിഞ്ഞ് ബ്രഹ്മാവ് വീണ്ടും ഉറക്കത്തിൽ ഇവിടെ ഒരു കൊല്ലം കഴിഞ്ഞ് ബ്രഹ്മാവിന്റെ പിറ്റേ ദിവസം പിറ്റേ ദിവസം അങ്ങനെ നോക്കി എന്താ അവിടെ സംഭവിച്ചത് നോക്കുമ്പോഴെന്താണ് കൃഷ്ണൻ പശുക്കുട്ടികളുടെ കൂടെ പഴയതുപോലെ കളിക്കുന്നു കുട്ടികളുമുണ്ട് ബ്രഹ്മാവ് വീഗം തന്റെ ഗുഹയിൽ പോയി നോക്കി അവിടെ ഒളിപ്പിച്ച് വെച്ച കുട്ടികളും പശുക്കളും ഒക്കെ ഉണ്ടോ നോക്കുമ്പോൾ അത് അവിടെയും കിടക്കണു ബ്രഹ്മാവ് കണ്ണു തിരുമ്പി നോക്കിയതിലിപ്പോൾ ഏതാ അതാണോ ഇതാണോ എന്നുള്ളത് അങ്ങനെ ബ്രഹ്മാവ് ആകെ ഒരു ഒന്ന് ശ്രദ്ധിച്ച ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ കാണുന്നത് ഓരോ പശുക്കുട്ടീനും ശംഖുചക്ര കഥാതാരിയിട്ടിരിക്കണോ ഭഗവാൻ ഒരു ഗോപനിലും ഇരിക്കുന്നു ശങ്കചക്ര കഥാധാരിയായിട്ട് ഭഗവാൻ പിന്നെ കാത്തു നിന്നില്ല വേഗം ഭൂമിയിൽ വന്ന് ആ കൃഷ്ണന്റെ മുന്നിൽ പാദ പാദങ്ങളിൽ നമസ്കരിച്ചു എന്നാണ് അങ്ങനെ ബ്രഹ്മാവിന് സകലതും ഭഗവാനാണെന്ന അനുഭൂതി ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കുന്നു അവിടെ വെച്ച് ബ്രഹ്മാവ് ഹൃദയത്തിൽ നിന്നും പ്രേമത്തോടുകൂടിയിട്ട് ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിയാണ് ദശമസ്കന്ധത്തിലെ ഏറ്റവും മനോഹരമായ ബ്രഹ്മസ്തുതി എന്ന് പറയുന്ന പതിനാലാമത്തെ ഇത്തിരി ഭാഗം ആ ബ്രഹ്മാവ് പറയുന്നു ഭഗവാനെ നൌമീടി പ്രവപുഷേ തടിതംബരാഞ്ചാവതം സപരിപിഞ്ചലസന്മുഗായ വന്യസജേ കപളവേത്ര വിഷാനവേനോ ലക്ഷ്മശ്രീയേ മൃതുപദേ പശുമാങ്കജായ ഭഗവാനെ അവിടുത്താ ഭഗവാന്റെ ആ മുടിക്കെട്ട് അതിലുള്ള മയിൽപ്പീലെ അതുപോലെ മഞ്ചാടിക്കുറി കൊണ്ട് കോർത്തിരിക്കുന്ന ഭഗവാന്റെ ഓരോ മാലകളും ഭഗവാനെ പിതാംബരം എത്ര മനോഹരം എത്ര സുന്ദരം ഞാൻ അങ്ങനെയുള്ള ആ ഭഗവാനെ നൗമീറ്റ എ ആദ്യ ഞാൻ നമസ്കരിക്കുന്നു അവിടുത്തെ മഹത്വം ഭഗവാനെ ആർക്കും മനസ്സിലാവില്ല എല്ലാവരും കണ്ണുകൊണ്ട് കാണുമ്പോഴും അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് ചിന്തിക്കാത്തിടത്തളം കാലം അങ്ങയുടെ മഹിമയെ മനസ്സിലാക്കാൻ സാധ്യല്ല അതുകൊണ്ട് ഭഗവാനെ തദാമന് മഹിമാ ഗുണസ്യതേ വിബോതുമർഹസ്യ മനന്ത അഭിക്രിയാൽ സാനുഭവാനുരൂപതോ ഹനന്യബോധ്യാത്മതയാന്ന ചാന്യത ഭഗവാനെ അവിടുത്തെ ആ മഹിമയെ മനസ്സിലാക്കണമെങ്കിൽ സാധാരണ ഒരു വ്യക്തിക്ക് സാധ്യല്ല വിബോധം അവർക്ക് എന്നാൽ ആരാണോ അനന്യബോധ്യം അനന്യമുള്ള വാക്കിനർത്ഥം പ്രേമെന്നാണ് പ്രേമത്തോടുകൂടിയിട്ട് അങ്ങയെ സ്മരിക്കുന്നത് അവർക്ക് വിബോധം അവർക്കറിയാൻ സാധിക്കും എന്നാൽ മനസ്സിൽ മാലിന്യമുള്ളവർക്കൊരിക്കലും ന വിബോധം അറിയാൻ സാധ്യമല്ല അപ്പൊ നമ്മുടെ ഓരോരുത്തരും പ്രേമത്തോടുകൂടിയിട്ട് എപ്പോ ഭഗവാനെ വിളിക്കുന്നുവോ സ്മരിക്കുന്നുവോ ഭഗവാന്റെ മഹത്വം ഭഗവാൻ നമുക്ക് കാണിച്ചു പ്രത്യക്ഷമായിട്ട് ബോധ്യപ്പിച്ചു അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബോധ്യം വരും ശരിയാണ് ഭഗവാൻ കൂടെയുണ്ട് ഭഗവാൻ എപ്പോഴും അനുഗ്രഹിക്കുന്നുണ്ട് ഭഗവാൻ നമ്മൾ വിട്ടിട്ടില്ല ഭഗവാൻ പരീക്ഷണങ്ങളാണ് തരുന്നത് ഇവതൊന്നും ഞാൻ തളരുത് പരാതി പറയരുത് ദുഃഖിക്കരുത് ഇതൊക്കെ ഭഗവാന്റെ അനന്തമായ ലീലകളാണ് എന്നൊക്കെ ബോധ്യം നമുക്ക് വരും അതെന്ത് വേണം അനന്യ ബോധ്യാത്മതയാ അന്നജാന്യത പ്രേമത്തോടുകൂടി ഭഗവാനെ സ്മരിക്കണമെന്ന് പറയണം ഗീതയിൽ ഭഗവാൻ ആവർത്തിച്ചു പറയും എപ്പോഴെന്നെ നിങ്ങൾ സ്മരിക്കുന്നു പ്രേമത്തോടുകൂടി സ്മരിക്കൂ എന്ന് അനന്യാചിന്തയന്തോമാം ജനാപര്യുപാസേ തേശാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം അനന്യമായ ചിന്തയോടുകൂടി എന്നെ സ്മരിക്കൂ അനന്യം എന്നുള്ള പദത്തിനർത്ഥം പ്രേമം എന്നാണ് ഇനി അനന്യം എന്നുള്ളതിന് മറ്റൊരർത്ഥമുണ്ട് ഇന്ന് അന്യത്വം എന്നാണ് ഭഗവാൻ എനിക്ക് അന്യനല്ല എന്ന ബോധമുണ്ടാവണം അന്യം എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്നും വേറെയല്ല എന്നിൽ നിന്നും അകലയല്ല എന്ന ബോധം കൂടി ഉണ്ടാവണം ഭഗവാൻ എപ്പോഴും കൂടെയുണ്ടെന്ന ബോധത്തോടുകൂടി പ്രേമത്തോടുകൂടി സ്മരിക്കാൻ സാധിച്ചാൽ ഭഗവാൻ നമുക്ക് ശക്തി തരും കരുത്ത് തരും ഉത്സാഹം തരും ഉണർവ് തരും ആനന്ദം തരും തന്നേ പറ്റുള്ളൂ അങ്ങനെ സ്മരിക്കണം വിളിക്കണം എന്ന് പറയുന്നത് ഇപ്രകാരം പറഞ്ഞിട്ട് പറഞ്ഞു അതിന് ഭഗവാൻ എന്തു വേണം യോ മുക്തി സദായ ഭഗവാനെ അവിടുന്ന് എപ്പോഴും കൂടെയുണ്ടെന്ന ബോധവും പ്രേമവും ഉണ്ടാവണമെങ്കിലൊക്കെ അനുകമ്പ അവിടുത്തെ കാരുണ്യം ഞങ്ങളിൽ വർഷിക്കണം ആ കാരുണ്യം ഉണ്ടാവണമെങ്കിലോ ഞങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കണം ഭഗവാനെ അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങളുടെ മനസ്സുകൊണ്ടും അതുപോലെ വാക്കുകളെ കൊണ്ടും ബുദ്ധി കൊണ്ടൊക്കെ അങ്ങേ സ്മരിക്കണം അതുകൊണ്ടാണ് പ്രഹ്ലാദൻ പറഞ്ഞ ശ്രവണം നമ്മൾ മെനക്കെടണം പ്രയത്നിക്കണം ശ്രവണം ചെയ്യണം അല്ലാതെ ഭഗവാൻ നമ്മളെടുത്ത് വരുന്നേറ്റിയാ പറയാൻ കീർത്തനം കീർത്തിക്കണം പിന്നീട് സ്മരണം ഇതൊക്കെ നമ്മൾ കൊണ്ടു നടക്കുമ്പോഴാണ് നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടെന്ന ബോധ്യം നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത് ഭാഗവതം കേട്ടുപോയതുകൊണ്ട് മാത്രം നമ്മളിലൊരു ഈശ്വര അനുഗ്രഹം ഉണ്ടാവുമെന്ന് വിചാരിക്കരുത് ഇതാണ് പലരും തെറ്റിദ്ധരിക്കുക നമ്മളൊരു ചീട്ടാക്കി വഴിപാടുകൂടെ കൊടുത്ത് ഒരാളെ മന്ത്രം ചൊല്ലി നമ്മുടെ പേരിൽ രണ്ട് പൂക്കളിട്ടാൽ നമ്മൾ അനുഗ്രഹീതരാവും എന്ന് കരുതുന്നത് അത് വിഢിത്വമാണത് അതൊക്കെ ഒരു സ്ഥൂല ഭക്തിയിലെ തുടങ്ങാവുകയാണ് അങ്ങനെ നമുക്ക് ഒരാൾ മന്ത്രം ചൊല്ലിയതുകൊണ്ടോ നമുക്ക് വേണ്ടിയിട്ടൊരാൾ വഴിപാടുകൾ കഴിച്ചതുകൊണ്ടോ അങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിൽ ധൈര്യവും ശക്തിയും ഉത്സാഹവും കണ്ടെത്താൻ സാധ്യല്ല ഭാഗവതത്തിൽ തുടക്കത്തിൽ തന്നെ ദുന്തുകാരിയുടെ കഥ പറയുമ്പോൾ പ്രേതഭാവത്തിലേക്കും അധപ്രതിച്ചു പോയ ദുന്തുകാരി ഉയർത്താൻ സഹോദരനായ ഗോകർണ്ണൻ ഭാഗവത സപ്താഹം നടത്തും കുറേ ആളുകൾ സപ്താഹം കേൾക്കും പക്ഷേ സപ്താഹം കേട്ടത് ദുന്ദുകാരി ഒരു മുളയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് അത്രേ ഓരോ ദിവസത്തെയും വായന കഴിയുമ്പോൾ മുളയുടെ കമ്പ് പൊട്ടും നിങ്ങൾക്കറിയാം കഥ ഏഴാമത്തെ ദിവസം ആ മുളയുടെ ഉള്ളിൽ നിന്നും ദിവ്യരൂപം വന്ന് ഭാഗവതത്തെയും ഗോകർണനെയും നമസ്കരിക്കുമ്പോൾ ഗോകർണ്ണൻ ചോദിക്കുമ്പോൾ അവിടുന്ന് പറയും ഞാൻ വിഷ്ണുരൂപമൊന്നുമല്ല അവിടുത്തെ സഹോദരനായ ദുന്തുകാരിയാണ് ഈ ഭാഗവതത്തിലൂടെ എനിക്ക് മാറ്റം വന്നിരിക്കുന്നു എന്റെ എല്ലാ പ്രേതാവസ്ഥയും ഞാൻ വിട്ടിട്ട് താ മുക്തനായി തീർന്നിരിക്കുന്നു ഞാൻ ഭഗവത് ചൈതന്യത്തിലേക്ക് ഉയർന്നിരിക്കുന്നു അപ്പോഴേക്കും അവിടേക്കൊരു വിമാനം വരും വിഷ്ണുപാർഷതന്മാരെ ഈ ദുന്ദുകാരിയായിരിക്കുന്ന ഇപ്പോഴത്തെ ആ ചൈതന്യത്തിലേക്ക് ഉയർന്ന ആളെ ഗോ ഗോക വിമാനത്തിലേക്ക് കയറ്റുമ്പോൾ ഗോകണ്ണൻ അവരെ പിടിച്ചു നിർത്തിയിട്ടൊരു ചോദ്യം ചോദിക്കും അല്ല എന്താ ഇവരൊക്കെ ഭാഗവത സപ്താഹം കേട്ടു ഞാൻ ഭാഗവതം പറഞ്ഞു ഇയാളെ മാത്രം നിങ്ങൾ വിമാനത്തിലേക്ക് കൊണ്ടുപോകണത് അപ്പൊ അവിടെ വെച്ചിട്ട് ആ വിഷ്ണുപാർഷതന്മാർ പറയും എല്ലാവരും കേട്ടു എന്നുള്ളത് സത്യം പക്ഷേ ഒരാൾ മാത്രം ചിന്തിച്ചു എല്ലാവരും ശ്രവണം കൃതം എന്ന മനനം കൃതം എന്നാണ് എന്നാൽ ദുന്തുകാരി കേൾക്ക മാത്രമല്ല ചെയ്തത് കേട്ടതിനെ മനനം ചെയ്തു സ്മരണം ചെയ്തു എന്ന് പറയുന്നു അപ്പൊ നമ്മൾ കേട്ടുപോയതുകൊണ്ടോ നമ്മൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ടോ ഭാഗവതം നമ്മൾ അനുഗ്രഹിക്കുന്നു വിചാരിക്കരുത് അതൊരു പടിയിൽ നമുക്ക് വേണ്ടതാണ് എന്നാൽ സ്മരണം അതിലേക്ക് വരണം എന്ന് അതുകൊണ്ട് ഭഗവാനെ അതിനൊന്ന് വേണം ആ സ്മരണത്തിലേക്ക് വരാൻ ജഗൽത്രയാ സമ്പ്ലവോദോ സമ്പ്ലവോ നാരായണസോദരനാവിനൽ വിനർഗോജസ്തി വാങ്ണവൈമി ശര ത്തന്ന വിനർഗതോസ്മായണസ്വം നവേഹി ആത്മാലോകസാക്ഷീ നാരായണോ നരപൂചാ ജലായൻ തച്ചാഭിസത്യം തവീവമായ ഭഗവാനെ ഈ ജഗത്തിൻ്റെ മുഴുവൻ സ്ഥാനം നിൽക്കുന്നത് ജഗത്ത് മുഴുവൻ ഉണർന്ന് പ്രവർത്തിക്കുന്നത് അവിടുത്തെ സാന്നിധ്യത്തിലാണെന്ന് വിവേകം കൊണ്ട് മനസ്സിലാക്കണം കാര്യകാരണ സംബന്ധമാണ് ലോകം ഏതിനും ഒരു കാരണം നമുക്ക് കണ്ടെത്താൻ പറ്റും എന്തെങ്കിലും ഒരു വിഷമം ഒരാൾക്കുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കും എന്താ ഇപ്പം ഇയാൾക്ക് ദുഃഖിക്കാനൊരു കാരണം തലവേദന ഉണ്ടോ പൊട്ടുവേദന ഉണ്ടോ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ നമ്മളിങ്ങനെ ചിന്തിക്കും ആരെങ്കിലും ഇത്തിരി ഭക്തിയിലേക്ക് ഉയർന്നാൽ നമ്മളിങ്ങനെ ചിന്തിക്കും എന്താ ഇപ്പം ഇത്ര ഭക്തി കൂടാൻ കാരണം എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവാണ്ടിരിക്കില്ല അത് നമ്മൾ കാരണം ചിന്തിക്കാതെ നമുക്കൊരു സമാധാനമില്ല മനസ്സിന്റെ സ്വഭാവമാണ് കാരണം ചിന്തിക്കാൻ നമ്മുടെ മനസ്സ് അങ്ങനെ ചിന്തിച്ചുകൊണ്ടേ വെറുതെ മനസ്സ് ഇരിക്കാൻ പറ്റില്ല ഇങ്ങനെ ചിന്തിക്കും അപ്പോ കാരണത്തിലാണ് കാര്യകാരണങ്ങളാണ് മനസ്സിൻ്റെ സ്വഭാവമെങ്കിൽ സ്വയം ഒരു കാരണം ചോദിക്കണം കാര്യകാരണം ഞാൻ രാവിലെ ഉണരുന്നു ഞാൻ പ്രവർത്തിക്കുന്നു ഞാൻ വർത്തമാനം പറയണു കൈ പ്രവർത്തിക്കുന്നു കാലുകളെ കൊണ്ട് പ്രവർത്തിക്കുന്നു ഇതൊക്കെ എനിക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് അപ്പം നമ്മൾ പറയും ഞാനൊരു പെണ്ണാണ് ആണാണ് ഇതുകൊണ്ടൊക്കെയാണ് പറ്റുന്നത് വീണ്ടും സൂക്ഷ്മമായിട്ട് നമ്മൾ ചോദിക്കണം ഇതൊക്കെ എൻ്റെ ശരീരം കൊണ്ടാണോ ചെയ്യുന്നത് എന്ന് മനസ്സല്ലേ അതിൻ്റെയൊക്കെ പിന്നിലെന്ന് അപ്പൊ നമുക്ക് മനസ്സിനെ കാണാം അല്ല ഒരു ഈശ്വര ചൈതന്യമില്ല അതിൽ അപ്പൊ ഈശ്വര ചൈതന്യത്തെ കാണാം ഇങ്ങനെ നമ്മൾ സ്വയം ചിന്തിക്കാൻ തയ്യാറാകുമ്പോ ഇതൊക്കെ മനസ്സിലാവും അപ്പോ എന്ത് മനസ്സിലാവും നാരായണോംഗം ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്നത് നാരായണ സാന്നിധ്യമാണ് അദ്ദേഹമാണെങ്കിലോ അഖില സുലോകസാക്ഷി എല്ലാം കണ്ടുകൊണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാക്ഷിയാണ് ഭഗവാൻ എന്താ സാക്ഷി എന്ന് പറഞ്ഞാൽ അത് വളരെ മനോഹരമായൊരു പദമാണ് സാക്ഷി എന്നുള്ളത് ആ വെളിച്ചത്തിലെല്ലാം നടക്കുന്നു പക്ഷെ ഭഗവാൻ ഒന്നിനോടും യാതൊരു പങ്കുമില്ലാത്തവൻ ഏതുപോലെ സൂര്യനെ എന്ന് പറയാണ് സൂര്യൻ എല്ലാവരെയും ഉണർത്തുന്നു എല്ലാവരെയും ഉയർത്തുന്നു പക്ഷേ സൂര്യൻ ആരോടും യാതൊരു ബന്ധനമില്ല ബന്ധമില്ല കടന്നു ഇതുപോലെ നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ പ്രവർത്തിക്കുമ്പോഴും ഭഗവാൻ ഈ ശരീരവുമായി ഒരു ബന്ധനവുമില്ല പറയാൻ എന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്നു അതുകൊണ്ട് തസ്മാതിദം ജഗദശേഷമസസ്വരൂപം സ്വപ്നാവമസ്തശനം പൊരുദുഃഖ ദുഃഖം നിത്യസുഖബോധനാവനന്തി മായാതുദ്യൽ സതിവാവപാതി തസ്മാ ഇതം ജഗത് അശേഷം അസസ്വരൂപം നമ്മുടെ പൂർവികന്മാരുടെ പരിജ്ഞാനത്തിന്റെ മുന്നിൽ പലപ്പോഴും നമ്മൾ ശിരസ് കുനിക്കണം പാശ്ചാത്യരും നമ്മുടെ പൂർവികരും തമ്മിലുള്ളൊരു വ്യത്യാസം പാശ്ചാത്യരെന്ത് ശബ്ദം ഉപയോഗിക്കോ അതുകൊണ്ട് ആർക്കും വാസ്തവത്തിലൊന്നും മനസ്സിലാവില്ല എന്നാൽ നമ്മുടെ പൂവികന്മാരെന്ത് ശബ്ദം ഉപയോഗിക്കോ അതിലൂടെ എല്ലാ അറിവുകളും നമുക്ക് കിട്ടുന്നു പറയാണ് സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടുള്ള അറിവ് കിട്ടുന്നു ഒരു ഉദാഹരണത്തിന് വേൾഡ് എന്ന ശബ്ദം പാശ്ചാത്യ പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതുകൊണ്ട് ഒരു അർത്ഥവും പെട്ടെന്ന് നമുക്ക് പിടികിട്ടില്ല സ്ഥൂലാർത്ഥം പിടികിട്ടും വേൾഡ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച വ്യവസ്ഥ എന്നാൽ നമ്മുടെ പൂർവികന്മാര് ഈ പ്രപഞ്ചത്തെ ജഗത്തുനിന്ന് വിളിക്കുകയാണ് ജഗത്തെന്ന് പറഞ്ഞാൽ ഇതേ പ്രപഞ്ചം പക്ഷെ ജഗത്തെന്ന് പറയുമ്പോൾ അതിന്റെ തൂലാർത്ഥം മാത്രമല്ല സൂക്ഷ്മാർത്ഥം കൂടി നമുക്ക് പിടിയിട്ടും ആ പദങ്ങളൊക്കെ എത്ര മനോഹരമായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് നോക്കൂ ജ ഗ മൂന്നക്ഷരങ്ങളെ ചേർത്തിട്ടാണ് ഈ പ്രപഞ്ച വ്യവസ്ഥയെ ജഗത്ത് എന്ന് അവർ വിളിച്ചിരിക്കുന്നത് എന്തിനാ ഇങ്ങനെ ജഗത്തെന്ന് വിളിച്ചത് സംസ്കൃതത്തിൻ്റെ ഒരു പ്രത്യേകത ശബ്ദത്തിലൂടെ തന്നെ സ്ഥൂല സൂക്ഷ്മാർത്ഥങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ജഗത്ത് എന്നതിന് സൂക്ഷ്മാർത്ഥം ജനിച്ചും ഇരുന്നും മാറിയും ഇരിക്കുന്നതെന്തോ അത് ജഗത്ത് അതായത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിനെല്ലാം ഒരു ജനനമുണ്ട് കുറച്ചുകാലത്തെ ജീവിതമുണ്ട് മരണമുണ്ട് പക്ഷേ നമ്മൾ ആകാശത്തെ കാണുന്നു ആകാശത്തിനും ജനന മരണങ്ങളൊക്കെ ഉണ്ടോ ഉണ്ട് എന്ന് പറയുകയാണ് എപ്പോഴാണ് ആകാശം വരിക്കുന്നത് എപ്പോ മനസ്സ് കെട്ടടങ്ങിയോ ആകാശമില്ല നമുക്ക് എപ്പോ മനസ് മനസ്സുണർന്നോ അപ്പൊ ആകാശം ജനിച്ചു എത്ര നേരം മനസ്സുണ്ടോ അത്രയും നേരമേ എന്തുള്ളൂ ആകാശമുള്ളൂ ശരിയല്ലേ ഈ മുഴുവൻ ഉണർന്ന് കുറച്ചു നേരം നിന്ന് വീണ്ടും ഉറക്കത്തിലേക്ക് പോകുന്നു ഈ അനുഭവങ്ങളൊക്കെ നമുക്ക് ബോധിപ്പിച്ചു തരുന്നത് ആരാണ് ഒരു ഈശ്വര ചൈതന്യം നമ്മളിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഭഗവത് ചൈതന്യമില്ലായിരുന്നുവെങ്കിൽ ഒന്നിൻ്റെയും ഉണരലും ഒന്നിൻ്റെയും സാന്നിധ്യവും ഒന്നും നമുക്ക് അനുഭവിക്കാനേ സാധ്യല്ല ഇപ്പോൾ നിങ്ങൾ ചൂടറിയുന്നു അല്ലെങ്കിൽ ചൂട് കാറ്റ് അനുഭവിക്കുന്നു ശരീരത്തിലൂടെയാണ് അനുഭവിക്കുന്നത് പക്ഷേ അനുഭവിക്കാൻ ഉപയോഗിക്കുന്നത് ശരീരമാണെങ്കിലും അനുഭവിക്കുന്നത് മനസ്സല്ലേ ഇപ്പോൾ നിങ്ങളിവിടെ വെച്ച് ഉറങ്ങിയിരുന്നു പിന്നെ നിങ്ങൾക്ക് ചൂട് കാറ്റുണ്ടോ ഒരു കാറ്റുമില്ല പിന്നെയുള്ളത് ഒറ്റ കാര്യമുള്ളൂ സുഖമായിട്ടുള്ള ഉറക്കം ചൂടുമില്ല തണുപ്പുമില്ല അടുത്തിരിക്കുന്ന ആളുടെ കഴുത്തിലേക്ക് അയാൾക്ക് ഭാഗവതത്തിൻ്റെ ഭാരം ഒരു ഭാഗത്തുണ്ട് പുറമെ അയാളുടെ തലയുടെ ഭാരം കൂടി ഏൽക്കണം അപ്പൊ രണ്ട് ഭാരം അയാൾക്ക് വല്ല ചൂടുണ്ടോ അയാൾക്ക് തണുപ്പുണ്ടോ ഒന്നുമില്ല അപ്പൊ ചൂടെന്ന അനുഭവം നമുക്ക് അനുഭവിപ്പിച്ചു തന്നത് മനസ്സല്ലേ ചിന്തിക്കും ആ മനസ്സിന് അനുഭവം തോന്നിപ്പിച്ചു തന്നത് ഈശ്വര സാന്നിധ്യമല്ലേ അതുകൊണ്ട് ഈ ജഗത്ത് എപ്പോഴും ഉണ്ടായി കുറച്ചു നേരം നിന്ന് ഉറങ്ങുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരിക്കലും ഉണരാത്ത ഒരു ഈശ്വര ചൈതന്യമുള്ളതുകൊണ്ടാണ് എനിക്കിതൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ എപ്പോഴും എവിടെയും എന്റെ കൂടെയിരിക്കുന്നത് ഭഗവത് സാന്നിധ്യം മാത്രമാണ് ബാക്കിയൊക്കെ മനസ്സുള്ളപ്പോഴുണ്ട് മനസ്സില്ലെങ്കിൽ അപ്പൊ ഞാൻ ആരെയാണ് സ്നേഹിക്കേണ്ടത് ഞാൻ ആരെയാണ് നിരന്തരം സ്മരിക്കേണ്ടത് എന്റെ കൂടെ എപ്പോഴും ഇല്ലാത്തവരെ സ്മരിക്കണോ എന്റെ കൂടെ എപ്പോഴും ഉള്ള സത്യത്തെ സ്മരിക്കണോ ഇത് മനസ്സിലാക്കി പൂർവികന്മാര് അവരുടെ മനസ്സിനെ ഈശ്വരോന്മുഖമാക്കി അവര് ഈശ്വര സാക്ഷാത്കാരമെന്ന നിത്യ ആനന്ദ അനുഭൂതിയിലേക്ക് ഉയർന്നു പ്രിയ ഇങ്ങനെയൊക്കെ ശേഷം ആ ബ്രഹ്മാവ് ഭാഗ്യം സിദ്ധിച്ചവരാണ് ഈ കുട്ടികൾ കാരണം സർവജഗത്തിലും നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ ഇതാ ഒരു കണ്ണിന്റെ രൂപത്തിൽ കാണാനും ആ ഭഗവാന്റെ കയ്യിൽ നിന്ന് ചോറുള്ളകൾ വാങ്ങിക്കാനും എത്ര ഭാഗ്യം വേണം അതിനൊരു ഭാഗ്യം വേണ്ടേ ഈ ഭാഗവതം കേൾക്കാനൊരു ഭാഗ്യം വേണം അത് മനസ്സിലാക്കാനൊരു ഭാഗ്യം വേണം അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനൊരു ഭാഗ്യം വേണം ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ആ ബ്രഹ്മാവ് പറയുന്നു അഹോ ഭാഗ്യമോ ഭാഗ്യം നന്ദഗോപ്രജോകസാം എന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം അഹോ ഭാഗ്യം അഹോ ഭാഗ്യം നന്ദഗോപ്രജോഗസാം ഈ നന്ദഗോപരുടെ വ്രജഭൂമിയിലിരിക്കുന്ന ഗോപന്മാരുടെ പരമഭാഗ്യം അത് പരമഭാഗ്യം തന്നെയാണ് കാരണം എൻമിത്രം പരമാനന്ദം പൂർണം ബ്രഹ്മസനാതനം സനാതനമായിരിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന ഈശ്വര ചൈതന്യം എല്ലാവരുടെയും ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം ഒരു ഉണ്ണിയുടെ രൂപത്തിൽ ഓടിച്ചാടി കളിക്കുന്നുവോ പറയാണ് ഭാഗ്യം ചെയ്തവരാണ് എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് തന്റെ സ്തുതികൾ ഉപസമരിപ്പിക്കുന്നു അതിനുശേഷം ശ്രീശുഖ ബ്രഹ്മർഷി ഒരു ചോദ്യം ചോദിക്കുകയാണ് പരീക്ഷ ശ്രീശുഖ ബ്രഹ്മർഷിയോട് ചോദ്യം ചോദിക്കുകയാണ് പരീക്ഷത്ത് രാജാവ് ഏ മഹർഷേ ബ്രഹ്മാവ് കുട്ടികളെയും പശുക്കുട്ടികളൊക്കെ മറച്ചതിന് ശേഷം ഭഗവാൻ വ്യത്യസ്ത രൂപങ്ങളെടുത്തല്ലോ അവരോട് ഗോപികമാരുടെ അനുഭവം എന്തായിരുന്നു പറഞ്ഞു തങ്ങളുടെ കുട്ടികളേക്കാളൊരു പ്രത്യേക ആകർഷണം ഗോപികമാർക്ക് ആ കുട്ടികളോട് തോന്നിയിരുന്നു ചോദിച്ചു അങ്ങനെ തോന്നിയപ്പോ അവർക്ക് ആ കൃഷ്ണ ഗോപിക ഗോപന്മാരിലൊക്കെ കൃഷ്ണനെ കാണാൻ സാധിച്ചിട്ടുണ്ടോന്ന് ഉടനെ പറയാണ് അവര് തൻ്റെ തങ്ങളുടെ മക്കളിൽ കൃഷ്ണനെ കണ്ടിട്ടില്ല എങ്കിലും ഒരു പ്രേമം അവരുടെ ഉള്ളിൽ ദൃഢമായിരുന്നു തങ്ങളുടെ കുട്ടികളേക്കാൾ കൂടുതൽ ഒരു ദൃഢമായ പ്രേമം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു അത് പരമാർത്ഥമാണ് വാസ്തവത്തിൽ അങ് അങ്ങക്ക് കൃഷ്ണനോടുള്ള പ്രേമം എന്ന് പറയുന്നത് ഒരു വ്യക്തിയോടുള്ള പ്രേമമാണെന്ന് അല്ല എന്ന് പറയാണ് അത് അങ്ങ് കൃഷ്ണനെ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് കൃഷ്ണനെ പരിചയപ്പെടുത്തിത്തരാമെന്ന് പറഞ്ഞ് കൃഷ്ണനെ നിർവചിക്കുകയാണ് ശ്രീശുഖബ്രഹ്മഷ ഭാഗവതത്തിലെ അതിഗംഭീരമായ ശ്ലോകമാണ് പതിനാലാം അധ്യായത്തിലെ അമ്പത്തിനാല് അമ്പത്തഞ്ച് അമ്പത്താറ് തുടങ്ങിയിട്ടുള്ള ശ്ലോകങ്ങൾ പറയുന്നു ഉത്തസ്മാൽ പ്രിയതമ സ്വത്മാർവേഷാമിദേഹിനാം തദർത്ഥമേവ സകലം ജഗദേദച്ചരാചരം കൃഷ്ണമേവേം ആത്മാനം പരമാത്മനം ജഹർഹിതോപ്യ ദേവഭാതിമായാ വസ്തുതോ ജാനനമത്രം സ്ഥാസുചരി ഭഗവൽപമിളം നയത് വസ്തുയകിഞ്ജന ഈ ശ്ലോകങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് പറയുന്നു തസ്മാൽ പ്രിയതമ ആത്മാ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണ് നോദിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ടത് നമ്മളെ നമ്മളാക്കി തീർക്കുന്ന ഈശ്വര ചൈതന്യം തന്നെയാണ് നമ്മൾ രണ്ട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കണം ഈ ലോകത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ് സ്വാമി ഞാൻ എന്റെ മോളെ സ്നേഹിക്കുന്നത് അല്ലെ ഞാൻ എന്റെ മോനെയാണ് സ്നേഹിക്കുന്നത് അവന് വേണ്ടിയിട്ടല്ലേ ഞാൻ ജീവിക്കുന്നത് കല്യാണം കഴിച്ചാൽ ഒരു ഭാര്യയുടെ ധർമ്മം ഭർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതല്ലേ ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ചിലർ പറയും ഞാൻ എന്റെ അച്ഛനെ സ്നേഹിക്കണം അയ്യോ അമ്മയല്ലേ നമുക്ക് ജന്മം തന്ന അമ്മയെ സ്നേഹിക്കണം കാര്യം തുറന്നു പറയാലോ ഞാൻ പണത്തിനെയാണ് സ്നേഹിക്കുന്നത് ഇങ്ങനെ പലരും പല രീതിയിൽ അവരുടെ സ്നേഹം പറയും ചോദ്യം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ് ഉറപ്പായിട്ടും നമുക്ക് ഉത്തരം വ്യക്തമാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അപ്പന അവനവനെ തന്നെയാണ് അവനവനെ സ്നേഹിച്ചിട്ടേ ബാക്കുകാരെയുള്ളൂ പറയാം അല്ലെ അങ്ങനെ പറയാൻ പറ്റൂ നമ്മൾ നമ്മളെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തി ആരാ പഠനം നടത്തിയത് ഒരു കോമ്പറ്റീഷൻ സക്സസ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു മാഗസിൻ നടത്തുന്നവർ പഠനം നടത്തി ബോംബെയിൽ വെച്ചിട്ട് അവർ നടത്തിയ പഠനം എങ്ങനെയായിരുന്നു അഞ്ച് മൊബൈൽ ടെലിഫോൺ കമ്പനിക്കാരോട് പറഞ്ഞു നിങ്ങളുടെ ഫോൺ ഞങ്ങൾ ടാപ്പ് ചെയ്യുന്നു ഒരു സമയം നിങ്ങളുടെ ഫോൺ അഞ്ഞൂറ് ആയിരം ആൾക്കാരുടെ എത്രയും ആളുകളുടെ ഫോൺ അവർ ടാപ്പ് ചെയ്യാൻ നിശ്ചയിച്ചു ഇത്രയും സമയം ടാപ്പ് ചെയ്ളു അത് വളരെ ഒഫൻസാണ് മറ്റൊരാളുടെ ഫോൺ ടാപ്പ് ചെയ്യുന്നത് ഏതായാലും കമ്പനി അവർ സമ്മതിച്ചു ഒരു റിസർച്ചിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു ഇവരൊരു സമയം നിശ്ചയിച്ചു ഇത്ര സമയം ഇത്ര സെക്കൻഡുകളെ നോക്കിയിട്ടുള്ളൂ മൂന്നോ നാലോ സെക്കൻഡ് നേരം അവരുടെ പഠനം ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പദം വേഡ് ഏതാണ് ശബ്ദമാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അവർ നോക്കിയപ്പോ അവർക്ക് കാണാൻ സാധിച്ചത് എല്ലാ ടെലിഫോണും ഒരുമിച്ച് അവർ ഒബ്സർവ് ചെയ്തപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ശബ്ദമാണ് ഞാൻ എന്റെ ഞാൻ എന്റെ ഞാൻ നിങ്ങൾ ടെലിഫോൺ ചെയ്യുന്ന സമയത്തൊന്ന് ടാപ്പ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്ത് നോക്കൂ ഞാൻ അവിടെ പോയി ഞാൻ പോയില്ല ഞാൻ കണ്ടു ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു എനിക്ക് എപ്പോ എന്റെ എന്നുള്ള കാര്യങ്ങളൊരു ആയിരം വട്ടം കയറി വരും അപ്പൊ തന്നെ മനസ്സിലാക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയായിരിക്കണം നമ്മളെ തന്നെയാണ് നമ്മുടെ